നമുക്കൊരു നിമിഷം കൂടി പ്രാർത്ഥിക്കാം ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ ഞങ്ങളെ ആളാം പ്രതി ആളാം പ്രതി അറിയുന്ന ഞങ്ങളുടെ ദൈവമേ ഞങ്ങളെ ബലഹീനതകൾ കാണുന്ന ഞങ്ങളുടെ കർത്താവെ ഞങ്ങളെ പേർചൊല്ലി വിളിക്കുന്ന ഞങ്ങളുടെ ജീവനുള്ള ദൈവമേ ഇന്ന് രാത്രി കടന്നു വന്നിരിക്കുന്നതിന്റെ ഈ മക്കളെ അവിടെ നിന്ന് ജീവന്റെ വചനം സ്വർഗത്തിൽ നിന്ന് പൊഴിച്ചു തരണമേ കർത്താവെ സ്വർഗീയമന്ന ഞങ്ങൾ ഭക്ഷിപ്പ ഞങ്ങൾക്ക് ഭാഗ്യം തരണമേ എല്ലാവരെയും അവരുടെ ആവശ്യങ്ങൾ കണ്ടവിടുന്നനുഗ്രഹിക്കണമേ കർത്താവെ ഹൃദയത്തിലെ വേദനകൾക്ക് പോയി തരണമേ കർത്താവേ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരണമേ കർത്താവേ രോഗികൾക്ക് സൌഖ്യം തരണമേ കർത്താവേ മനസ്സമാധാനമില്ലാത്തവർക്ക് ആശ്വാസവും ശാന്തിയും പ്രദാനം ചെയ്യണമേ കർത്താവേ ഇന്ന് രാത്രി ജീവന്റെ വന അവിടുന്ന് സംസാരിക്കണമേ എന്നപേക്ഷിക്കുന്നു തിരുവന ശ ശുശ്രൂഷയ്ക്കായി നിൽക്കുന്ന ബലഹീനദാസനെ അവിടുന്ന് വിശുദ്ധീകരിച്ച് അവിടുത്തെ സ്വർഗീയ തീക്കനൽ നാവിന്മേൽ തൊടുവിച്ചു നിർത്തണമേ കർത്താവേ അനുഗ്രഹിക്കണമേ സ്വർഗീയദൂതന്മാരെ കാവലാക്കി നിർത്തണമേ പൈശാരിക ശക്തികളെ ഉച്ചാടനം ചെയ്യണമേ തിരുനാമം വഹുത്വപ്പെടുത്തണമേ യേശുക്രിസ്തുവിന്റെ രാജകീയനാമത്തിൽ തന്നെ ആമി tarna dūdugal ārkum daiyamūdiḍā ു വീണ്ടും വരും തന്റെ വിശുദ്ധന്മാരെ ചേർക്കും ഇന്ന് മോശക്കാരായി കാണപ്പെടുന്നവര് അന്ന് കൂടെ വാഴും അവഗണിക്കപ്പെട്ടവര് അന്ന് പരിഗണിക്കപ്പെടും ഇന്ന് ക്ഷീണിതരായവര് അവിടെ ബലശാലികളായി മാറും ഇന്ന് അവമാനം സഹിക്കുന്നവര് അന്ന് ബഹുമാനം ആർജിക്കും മോശക്കാരൻ ഇവിടെ കണ്ടോർ കൂടെ വാഴുന്നൊരു കാലമുണ്ട് ഒരു നല്ല കാലം വരുന്നുണ്ട് ഇന്ന് വെള്ളിയാഴ്ചയാണ് ഒരു ഞായറാഴ്ച വരുന്നുണ്ട് ഇന്ന് ദുഃഖവെള്ളിയാഴ്ചയാണ് ഒരു ഉയർപ്പ് വരുന്നുണ്ട് അന്ന് ആ പട്ടക്കാരൻ പള്ളിയിൽ ദുഃഖവെള്ളിയാഴ്ച ദിവസം അങ്ങനെയാണ് പ്രസംഗിച്ചു തുടങ്ങിയത് ഇന്ന് ദുഃഖവെള്ളിയാഴ്ചയാണ് ജനത്തോട് ഏറ്റുപറയാൻ പറഞ്ഞു ഉയർപ്പ് വരുന്നുണ്ട് ജനം ഏറ്റു പറഞ്ഞു ഇന്ന് ദുഃഖവെള്ളിയാഴ്ചയാണ് വരുന്നുണ്ട് ഇന്ന് ദുഃഖവെള്ളിയാഴ്ചയാണ് ഒരു ഉയർപ്പി ഞായറാഴ്ച വരുന്നുണ്ട് അന്ന് ദുഃഖവെള്ളിയാഴ്ച ശുശ്രൂഷയിൽ പ്രാർത്ഥനാ നിരതനായി നിന്ന വട്ടക്കാരനും ജനങ്ങളും ഒരുമിച്ച് ആർത്ത് ആഘോഷിച്ചു ദുഃഖത്തിന്റെ വെള്ളിയാഴ്ച സ്വർണത്തിന്റെ വെള്ളിയാഴ്ചയായി മാറി നല്ല വെള്ളിയാഴ്ചയായി മാറി അത് ഗുഡ് ഫ്രൈഡേ ആയി മാറി എങ്ങനെയാണ് ഗുഡ് ഫ്രൈഡേ ആകുന്നത് ദുഃഖ വെള്ളിയാഴ്ച എങ്ങനെ നല്ല വെള്ളിയാഴ്ചയായി ഒരു ഉയർപ്പ് ഞായറാഴ്ച വരുന്നുണ്ട് പിന്നാലെ ഒരു ഉയർപ്പ് ഞായറാഴ്ച വരുന്നുണ്ട് സ്നേഹിതരെയും നിങ്ങൾട്ട് പറയട്ടെ ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ അസ്വസ്ഥതയാണ് ഒരു നല്ല അസ്വസ്ഥതയുടെ കാലം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് വരാൻ പോകുന്നുണ്ട് ഇന്ന് നിങ്ങൾക്ക് വേദനാകരമായ അനുഭവങ്ങളുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വേദനകൾ മാറുന്ന ഒരു നല്ല നാളെ സംഭവിക്കുന്നുണ്ട് ഇന്ന് നിങ്ങൾക്ക് കഷ്ടപ്പാടുകളും ഞെരുക്കങ്ങളും പ്രതിസന്ധികളും നിങ്ങളുടെ ജീവിതത്തിൽ ഉരുണ്ടുകൂടുന്നുണ്ട് എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടതകൾക്കും യാതനകൾക്കും അറുതി വരുന്ന ഒരു നല്ല ദിവസം വരുന്നുണ്ട് ഇന്ന് നിങ്ങൾക്ക് അനേകരുടെ എതിർപ്പുകളും കുത്തിത്തിരിപ്പുകളും ഏൽക്കേണ്ടി വരുന്നുണ്ട് എന്നാൽ സമത്വസുന്ദരമായ സ്നേഹനിർഭരമായ ഒരു നല്ല നാളയിലേക്ക് ദൈവം നിങ്ങളെ നയിക്കുന്നുണ്ട് ഇന്ന് ദുഃഖവെള്ളിയാഴ്ചയാണ് ഒരു ഉയർപ്പിനേറാഴ്ച വരുന്നുണ്ട് സ്നേഹിതരെ ഇത് നിങ്ങൾക്ക് അനുഭവിക്കാം നിങ്ങൾക്ക് ഈ ഭാഗ്യം നിങ്ങൾക്ക് സ്വായത്തമാക്കാം ഒന്നേ ഒന്ന് മാത്രം ഇപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ആരികത്ത് വന്നിൽക്കുന്ന കർത്താവായ യേശുവനെ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചാൽ മാത്രം മതി വേറൊന്നും നിങ്ങൾ ചെയ്യണ്ട നിങ്ങളതിനെ ഒരു പൈസയും മുടക്കണ്ട നിങ്ങളതിന് സഭ മാറണ്ട നിങ്ങളതിന് സമുദായം മാറണ്ട പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരേ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി ക്രൂസിൽ മരിച്ച് ഇന്ന് ഉയർത്തെഴുന്നേര് ജീവിക്കുന്ന കർത്താവായ യേശു നിങ്ങളുടെ അരികത്തേക്ക് വന്നിരിക്കുന്നു യേശുവിനെ നിങ്ങൾ കൈക്കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചാൽ മതി യേശുവിനെ നിങ്ങളുടെ നാഥനായി നിങ്ങൾ നിങ്ങളുടെ ഉള്ളത്തിലേക്ക് കൈക്കൊണ്ടാൽ മതി യേശുവിന്റെ നിയന്ത്രണത്തിനായി നിങ്ങളുടെ ജീവിതം നിങ്ങൾ വിട്ടുപെടുത്താൽ മതി യേശു നിങ്ങളെ ഭരിക്കുവാൻ യേശു നിങ്ങളെ നിയന്ത്രിക്കുവാൻ യേശു നിങ്ങളെ നയിക്കുവാൻ യേശുക്രിസ്തുവിന്റെ ആണിപ്പാടിലെ നിങ്ങളെ പിടിച്ച് നടത്തുവാൻ അവന്റെ കരങ്ങളിലേക്ക് നിങ്ങളെ ഏൽപ്പിച്ചാൽ മാത്രം മതി യേശു നിങ്ങളുടെ ജീവിതത്തിന് ചുക്കാൻ പിടിക്കും യേശു നിങ്ങളുടെ ജീവിതത്തിന് നിയന്ത്രണമേറ്റെടുക്കും േശു നിങ്ങളെ നയിക്കും യേശു നിങ്ങളുടെ ഹൃദയത്തിൽ വാഴും യേശു നിങ്ങൾക്ക് ആലോചന പറഞ്ഞുതരും യേശു നിങ്ങൾക്ക് ബുദ്ധി തെളിച്ചു തരും യേശു നിങ്ങളുടെ പ്രതിസന്ധികളിൽ നിങ്ങൾക്ക് തണലും താങ്ങുമായി നിൽക്കും യേശു നിങ്ങൾക്ക് തുണയായി നിൽക്കും യേശു നിങ്ങളെ അനുഗ്രഹിക്കും യേശുവിന്റെ പരിശുദ്ധ സാന്നിധ്യത്തിന്റെ പരിമളം നിങ്ങളെ സുഗന്ധപൂരിതമായ അനുഭൂതികളിലേക്ക് നയിക്കും യേശു നിങ്ങളെ അനുഗ്രഹിക്കും സഹോദരീ സഹോദരന്മാരെ കർത്താവായ യേശുവിനെ കൈക്കൊള്ളുക എന്നുള്ളത് മാത്രമാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ കാതൽ വേറെ വലിയ തത്വചിന്തകൾ പഠിക്കേണ്ട ആവശ്യമില്ല ഒട്ടേറെ കാര്യങ്ങൾ ഗ്രഹിക്കേണ്ട ആവശ്യമില്ല യേശു എന്ന് പറയുന്ന ഇന്നും ജീവിക്കുന്ന സാക്ഷാൽ ദൈവത്തനായ ക്രിസ്തുവിനെ നിങ്ങളുടെ അരികത്ത് നിങ്ങൾ കിട്ടിയിരിക്കുന്ന സമയം ക്രിസ്തുവിനെ നിങ്ങൾ എതിരേൽക്കുക നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ കൈക്കൊള്ളുക നിങ്ങളുടെ ഹൃദയത്തിലേക്ക് യേശുവിന് സ്വീകരിച്ചുകൊണ്ട് യേശുവിന് നിങ്ങളുടെ ഹൃദയത്തിൽ സിംഹാസനമൊരുക്കുക യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുന്നതിന് വഴിയൊരുക്കുന്നതാണ് സുവിശേഷ പ്രസംഗങ്ങൾ യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കൈക്കൊള്ളുന്നതിന് പാത ക്രമീകരിക്കുന്നതാണ് പാത ഒരുക്കുന്നതാണ് വഴിയൊരുക്കുന്നതാണ് കൺവെൻഷൻ പ്രസംഗങ്ങൾ സുവിശേഷ പ്രസംഗങ്ങൾ സുവിശേഷ വേലകൾ അതുകൊണ്ട് ഇന്ന് രാത്രിയും നിങ്ങൾ വന്നിരിക്കുന്നത് യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വഴിയൊരുക്കുകയാണ് യേശുവിനെ എതിരേൽക്കുന്നതിനായി വഴിയൊരുക്കുക ഒരുക്കുകയാണ് അതിനുവേണ്ടിയാണ് തിരുവാതിര നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആ അത്ഭുത പ്രക്രിയ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും ഇന്ന് നിങ്ങൾ ഒമ്പത് മണിക്കൂർ എഴുന്നേൽക്കുന്നതിന് മുൻപ് ചിലതെല്ലാം ഇന്ന് പന്തലും കീഴിലും പരിസരങ്ങളിലും നടക്കും എന്തെല്ലാമാണ് നടക്കാൻ പോകുന്നത് അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് അത് പറയേണ്ടത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാമാണ് ഇന്ന് സംഭവിക്കേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾക്ക് സാധിച്ചു കിട്ടേണ്ടത് നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തെല്ലാമാണ് നിങ്ങളെ ഞെരുക്കുന്ന പ്രതിസന്ധികൾ എന്തെല്ലാമാണ് നിങ്ങളെ ഉലയ്ക്കുന്ന പ്രശ്നങ്ങൾ എന്തെല്ലാമാണ് നിങ്ങളുടെ വേദനാ വിഷയങ്ങൾ എന്തെല്ലാമാണ് നിങ്ങളുടെ ആകുലങ്ങളും അവലാധികളും എന്തെല്ലാമാണ് നിങ്ങൾക്ക് സാധിച്ചു കിട്ടേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എല്ലാം തരാനെല്ലാം ചെയ്യാനെല്ലാം നിവർത്തിപ്പാനെല്ലാം പൂർത്തീകരിക്കാൻ കർത്താവായക്രിസ്തു വന്നിട്ടുണ്ട് അവൻ നിങ്ങളുടെ അരികത്ത് വന്ന് നിൽക്കുന്നുണ്ട് അവൻ നിങ്ങളെ തഴുകാൻ നിങ്ങളെ തലോടാൻ തന്റെ കരം നീട്ടുന്നുണ്ട് അവൻ നിങ്ങളുടെ അരികത്ത് തന്നെ നിൽക്കുന്നുണ്ട് നിങ്ങളൊന്ന് ഉള്ളു തുറന്നവനോട് പറയണോ കർത്താവേ ഇന്ന് നിന്റെ തൃക്കരം തൊട്ട് എന്നെ തലോടിയിട്ട് വേണം പോകാൻ നിന്റെ ആശ്വസിപ്പിക്കുന്ന കരം എന്നെ തലോടണമേ എന്റെ ശിരസിൽ വെക്കണമേ നിന്റെ തൃക്കരത്താൽ എന്നെ ആസ്വദിക്കണമേ നിന്റെ തിരക്തത്താൽ എന്നെ കഴുകണമേ കഴിഞ്ഞ ജീവിതത്തിലെ പാപങ്ങളും ഒട്ടേറെ കൊടും ചെയ്തികളും എല്ലാം വന്ന് പോയിട്ടുണ്ട് കർത്താവേ എല്ലാം ക്ഷമിച്ച് എനിക്ക് മാപ്പ് തന്ന് എന്നെ ഒന്ന് കഴുകി വെടിപ്പാക്കി മാഥായി നിന്നെ ശുദ്ധീകരിച്ച് പറഞ്ഞ അയക്കണമേ ക്രിസ്തുവാഴുന്ന സ്വർഗീയ അനുഭവത്തിൽ എനിക്ക് ജീവിക്കാനും പുലരാനും ക്രമ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് തിരുവചനം കേൾക്കൂ ദൈവത്തിന് സ്തോത്രം ദൈവത്തിന്റെ വലിയ നാം വഹുത്തുപെടട്ടെ ഒരു ട്രെയിൻ ട്രെയിനിൽ യാത്രക്കാർ ഒരു കമ്പാർട്ട്മെന്റ് നിറയെ ആളുകളുണ്ട് കമ്പാർട്ട്മെന്റിൽ അവിടെ നിറയെ ആളുകളുണ്ടെങ്കിലും വേറെ ഒരിടത്തും ഇടവില്ലാത്തതുകൊണ്ടായിരിക്കണം ഒരു മനുഷ്യൻ വന്ന് കയറി അദ്ദേഹം നിവർന്ന് നടക്കാൻ കഴിവില്ല ഒരു ദിവസത്തേക്ക് ചെരിഞ്ഞാണ് നടക്കുന്നത് നടക്കുമ്പോൾ ചെരിഞ്ഞു പോകും അതൊരു രോഗമാണ് വൃദ്ധനായ മനുഷ്യൻ താടിമീശകളെല്ലാം പയ്യെ നരച്ചിട്ടുണ്ട് വേഷത്തിലൊന്നും വലിയ ശ്രദ്ധയൊന്നുമില്ല ഒരു ബാഗ് തോളിൽ തൂക്കിയിട്ടുണ്ട് അദ്ദേഹം ശാന്തനായിട്ട് വന്ന് അവിടെ എങ്ങനെ ഇടമുണ്ടോ എന്ന് നോക്കി ഒരിടത്ത് അല്പ സ്ഥലം കിട്ടുന്നവർ തോന്നി ഇരുന്നു ഉടനെ ഒട്ടും താമസിച്ചില്ല അദ്ദേഹം ആ ബാഗ് തുറന്നു ബാഗ് തുറന്ന് വേദപുസ്തകം എടുത്തു വേദകുസം എടുത്ത് വായന തുടങ്ങി അപ്പോൾ അടുത്തും എതിരെയുമെല്ലാം കോളേജ് വിദ്യാർത്ഥികളായിരിക്കുന്നത് ചെറുപ്പക്കാര് അവര് ചിരിക്കുകയും ആർക്കുകയും രസിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തെല്ലാമോ ഇങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കലവല സംസാരിക്കുകയാണ് ഇദ്ദേഹം ഈ വേദപുസ്തകം വായിച്ച് തുടങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ പറഞ്ഞു ആ സ്റ്റുഡന്റ്സ് ആ കുട്ടികളിൽ ഒരാൾ പറഞ്ഞു ഇപ്പോഴും ചിലർക്ക് ഈ വേദപുസ്തകം വായിക്കുന്നു ഈ പഴഞ്ചൻ പുസ്തകം ആര് ഇതൊക്കെ പഴഞ്ചൻ ഈ ശാസ്ത്രം വളർന്ന ഈ തലമുറയിൽ വലിയ വായിക്കുമോ വേദപുസ്തകം ഇദ്ദേഹം മിണ്ടിയില്ല അദ്ദേഹത്തെ കളിയാക്കിയതാ മിണ്ടിയില്ല വേറൊരാൾ പറഞ്ഞു വേറൊരാൾ പറഞ്ഞു എന്തുബലം മനുഷ്യൻ എന്നും പലരും കാട്ടാളന്മാരാണ് പലരും കാട്ടിയാതിക്കാരാണ് പരിഷ്കാരമില്ല സംസ്കാരമില്ല അതുകൊണ്ടാണ് വേറൊരാള് പറഞ്ഞു കണ്ടില്ലേ ഒരുത്തിൽ ഇരുന്ന് വായിക്കുന്നത് ിരിക്കാൻ തന്നെ സ്ഥലം പോരാ വന്ന വാടെ വായന തുടങ്ങി എന്ന് വെട്ടിത്വമായി കാണിക്കുന്നത് മിണ്ടിയില്ല എവരുമിന്നെ ഇങ്ങനെ വേദപുസ്തകത്തെ കളിയാക്കുന്നു ദൈവം ഏത് ദിവസം എടുത്ത് കളിയാക്കുന്നു അതിനെ വായിക്കുന്നവരെ കളിയാക്കുന്നു ഇടയ്ക്കിടയ്ക്ക് കുത്തുവാക്കും മുള്ളുവാക്കും ഇദ്ദേഹത്തിന്റെ നേരെ പറയുന്നു ഇദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല ശ്രദ്ധിക്കുന്നില്ല അദ്ദേഹം ഏത് ദിവസം വായിക്കുകൊണ്ടിരിക്കുകയാണ് ഏതൊരു സ്റ്റേഷനിൽ ചെന്നപ്പോൾ ഇദ്ദേഹം ഇറങ്ങാൻ എഴുന്നേറ്റു അദ്ദേഹത്തിനവിടെ ഇറങ്ങണം ം ചെരിഞ്ഞ മനുഷ്യൻ അതേ എഴുന്നേറ്റ് അങ്ങ് മാറാൻ തുടങ്ങിയപ്പോഴത്തേക്കും അവരിലൊരാൾ ചോദിച്ചു സാറേ ഇത്ര നേരം ഈ ചെറുപ്പക്കാർ പറയുന്ന കേട്ടില്ലേ അങ് ആരാ അങ്ങ് ഒന്നും വേണ്ടിയില്ലല്ലോ പേര് ലൂയി പാസ്റ്റർ അയ്യോ എല്ലാരും ചാടി എഴുന്നേറ്റു എല്ലാരും ചാടി എഴുന്നേറ്റു ആരാണ് ലൂയി പാസ്റ്റർ ലൂയി പാസ്റ്റർ പേപ്പെട്ടി വിഷത്തിന് വാക്സിൻ കണ്ടുപിടിച്ച സുപ്രസിദ്ധ ശാസ്ത്രജ്ഞൻ അദ്ദേഹമാണ് ഈ വേദപുസ്തകം വായിച്ച് അവിടെ ഇരുന്നത് ചെറുപ്പക്കാരൻ ഞെട്ടിപ്പോയി എല്ലാവരും ചാടിയൊഴിച്ചിട്ട് എല്ലാവരും കൂപ്പിടുന്നു സാറെ ക്ഷമിക്കണം ഞങ്ങൾ അവിവേകം കൊണ്ട് പറഞ്ഞു പോയതാണ് പൊറുക്കണം പ്രിയപ്പെട്ടവരെ അനേകരിന്ന് പരിഹസിക്കുന്നത് അവിവേകം കൊണ്ടാണ് അനേകരിന്ന് വേദപുസ്തകത്തെയും വേദപുസ്തകം വായിക്കുന്നവരെയും വേദപുസ്തകത്തിലെ കാര്യങ്ങൾ പ്രസംഗിക്കുന്നവരെയും പരിഹസിക്കുന്നത് വിപേരമില്ലായ്മ കൊണ്ടാണ് കാര്യം ഗ്രഹിക്കാത്തത് ദൈവത്തിന്റെ വലിയനാമം വഹുത്തുപെടട്ടെ ആഫ്രിക്കയിലൊരു കൊച്ചുകുടിൽ ആഫ്രിക്കയിൽ അതൊരു ചെറിയൊരു പുല്ലുമേഞ്ഞ ഒരു കൂരപ്പൊര ഒരു വൃത്ത സ്ത്രീ അവിടെ ഇരുന്ന് വേദപ്രസ്തം വായിക്കുകയാണ് നീഗരോ സ്ത്രീയാണ് കാട്ടിജാതിക്കാരി അപ്പോഴാണ് ഒരു സായിപ്പ് കടന്നു വന്നത് സായിപ്പ് അങ്ങ് ഇംഗ്ലണ്ടിൽ നിന്ന് വരുന്നതാണ് ഉണരുന്ന ആഫ്രിക്കയെക്കുറിച്ച് പഠനം നടത്താൻ വന്നതാണ് ആഫ്രിക്കയിൽ സംസ്കാരം വളരുന്നു പരിഷ്കാരം ഉയരുന്നു ആഫ്രിക്കയെക്കുറിച്ച് പഠിക്കണം അതിനുവേണ്ടിയാ വന്നത് അപ്പോൾ നീഗ്രോ കുടിലുകൾ സന്ദർശിച്ച് അവിടെയുള്ള ആളുകളുടെ സാമൂഹികമായ മാറ്റങ്ങൾ പഠിക്കാനായിട്ടാണ് അദ്ദേഹം വന്നത് ഈ കുടിലേക്ക് കടന്നു വന്നു അപ്പോൾ ഈ സ്ത്രീ വൃത്ത സ്ത്രീയോടെ ഇരിക്കുക വേദിവസം ചോദിച്ചു എന്നെന്താ ഈ വായിക്കുന്നത് ഹോളി ബൈബിൾ വേദപുസ്തകം പരിശുദ്ധ വേദപുസ്തകം അപ്പൊ ഇപ്പൊ നിങ്ങൾ ഇപ്പോഴും വായിക്കൂ ഇതൊക്കെ അതെന്താ അല്ല നിങ്ങൾ കുറച്ച് വളർന്നു പരിഷ്കാരം ഉണ്ടായിരുന്നു കേട്ടല്ലോ കൊറേ പരിഷ്കാരമൊക്കെ കിട്ടിയെന്ന് കേട്ടല്ലോ കുറച്ച് സംസ്കാരമൊക്കെയായി ഡാർക്ക് കോണ്ടിനന്റ് എന്നറിയപ്പെട്ടിരുന്ന ആഫ്രിക്ക ഉണരുന്നീ ആഫ്രിക്ക ആയി എന്നൊക്കെ ഞാൻ നാട്ടിലേക്ക് വന്നു ഈ നാട്ടിലേക്ക് വന്നത് നിങ്ങളെക്കുറിച്ച് അറിയാനും പഠിക്കാനും പക്ഷെ ഇപ്പൊ നിങ്ങള് ഉണരുന്നി ആഫ്രിക്കയൊന്നും ആയില്ലോ നിങ്ങളെല്ലാം അപരിഷ്കൃതരാണല്ലോ ഇപ്പോഴും ഈ പഴഞ്ചം പുസ്തകം വായിക്കുകയാണോ പറഞ്ഞു അതെന്താണ് സാഹിപ്പ് ഈ പഴഞ്ചം പുസ്തകം എന്ന് പറഞ്ഞത് അല്ല നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല ഇതിനകത്ത് പറഞ്ഞിട്ടില്ലേ ഒരു മത്സ്യം ഒരു മനുഷ്യനെ വിഴുങ്ങിയെന്ന് ആ മത്സ്യം മനുഷ്യനെ വയറ്റിലിട്ടുകൊണ്ട് മൂന്ന് ദിവസം യാത്ര ചെയ്തുവെന്ന് പിന്നീട് ആ മത്സ്യം ആ മനുഷ്യനെ ഛർദ്ദിച്ചുവെന്ന് ആ മനുഷ്യൻ പിന്നെ പ്രസംഗിച്ചുവെന്ന് വല്ലതും സംഭവിക്കുന്ന കാര്യമാണോ ഒരു മത്സ്യം മനുഷ്യന് വിഴുങ്ങുക സാധിക്കുന്ന കാര്യമാണോ ഉടനാസ്ത്രീ പറഞ്ഞു സായിപ്പേ ഇത് മത്സ്യം മനുഷ്യന് വിഴുങ്ങിയെന്നല്ല ഒരു മനുഷ്യൻ ഒരു കടലാനിയെ വിഴുങ്ങിയെന്നാണ് എന്റെ വേദദിവസത്തിൽ എഴുതിയിരിക്കുന്നെങ്കിൽ ഞാൻ അതും വിശ്വസിക്കും നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല ഒരു പരിഷ്ക്കാരവും ഇല്ല സംസ്കാരവും ഒരു വിദ്യാഭ്യാസവും ഇല്ല എഴുന്നേറ്റ് പോകാൻ തുടങ്ങി ഉടനീശ്രീ പറഞ്ഞു ചാടി എഴുന്നേറ്റ് പറഞ്ഞു ചൂണ്ടുവരൽ നീട്ടിയിട്ട് പറഞ്ഞു സാഹിപ്പി ഒരു കാര്യം പറഞ്ഞേക്കാം ഈ വേദപുസ്തകം അല്ലായിരുന്നെങ്കിൽ ഇത്രയും നേരം സംസാരിക്കേണ്ടി വരില്ലായിരുന്നു സാഹിപ്പിന്റെ ശരീരത്തിലെ മാംസം എന്റെ അടുക്കളയിലെ ചട്ടിയിൽ കിടന്ന് പൊരിഞ്ഞേനെ ഈ വേദപുസ്തകമാണ് നരഭോജികളായി ഞങ്ങളെ മനുഷ്യ സ്നേഹികളാക്കി മാറ്റിയത് സാഹിപ്പ് ഇത്രയും നേരം സായിപ്പ് ഇത്രയും സഞ്ചരിച്ചവര് വരിയില്ലായിരുന്നു ഞങ്ങൾ മനുഷ്യ മാംസം തിന്നവരാണ് ഞങ്ങളെ സ്നേഹികളാക്കി മാറ്റിയത് മനുഷ്യ സ്നേഹികളാക്കി മാറ്റിയത് ഈ ബൈബിളാണ് സായിപ്പ് വിനയപൂർവ്വം കൈകൂപ്പി പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞെന്താണെന്നറിയാമോ ഈ വേദപുസ്തകത്തിന്റെ അത്ഭുത ശക്തി അത് മനുഷ്യനെ ഇന്ന് സ്വാധീനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പതിനായിരങ്ങളെ സ്വാധീനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലക്ഷോപലക്ഷങ്ങളെ സ്വാധീനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കറിയാമോ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ നീലാം സ്ട്രോങ് അവിടെ കൊടി നാട്ടിയിട്ട് പറഞ്ഞത് എന്താണെന്നറിയാമോ പ്രൈസ് ദോട്ട് എന്ന് നീലാം സ്ട്രോങ് വലിയ ശാസ്ത്രജ്ഞനായിരുന്നു ചന്ദ്രയാത്ര ചെയ്ത് ജയിച്ച ജേതാവായിരുന്നു പക്ഷെ ചന്ദ്രനിൽ കൊടി കുത്തിയിട്ട് അദ്ദേഹം പറഞ്ഞു ദൈവത്തിന് സ്തോത്രമെന്ന് പ്രൈസ് ദ ലോട്ട് ഹാലേ ലുയ്യ എന്ന് ദൈവവിശ്വാസിയായിരുന്നു ഗോളാന്തരഗമനം നടത്തിയ ജോൺ ഗ്ലൻ ശാസ്ത്രജ്ഞനായിരുന്നു ജോൺ ഗ്ലൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു കേൾക്കണമോ എന്റെ ജീവിതത്തിൽ ഞാൻ നേടിയിട്ടുള്ളതിലേക്കും ഏറ്റവും വലിയ ഞാൻ ബഹിരാകാശ യാത്ര നടത്തിയതല്ല യേശുക്രിസ്തുവിനെ ഞാൻ കണ്ടെത്തിയതാണ് ദൈവത്തിന്റെ വലിയ നാം വഹുത്തുപെടട്ടെ ഇന്ന് നമുക്ക് ഹോസ്പിറ്റലില് അനസ്ഥേഷി തരുന്നല്ലോ ഓപ്പറേഷന് മുമ്പ് അനസ്തേഷ്യ ബോധക്ഷയം ബോധം ബോധം കെടുത്തുക നിങ്ങൾക്കറിയാമോ ഈ ക്ലോറോഫോം കണ്ടുപിടിച്ച സിംസൺ അദ്ദേഹം മരിക്കത്ത് പറഞ്ഞത് എന്താണെന്നറിയാമോ ഞാൻ നടത്തിയ ഏറ്റവും വലിയ കണ്ടുപിടുത്തം മനുഷ്യനെ മയക്കുന്ന ക്ലോറോഫോം കണ്ടുപിടിച്ചതല്ല ഈ എന്നെ മയക്കിയ ക്രിസ്തുവിനെ കണ്ടെത്തിയതാണ് ഞാൻ നടത്തിയ ഏറ്റവും വലിയ കണ്ടുപിടുത്തം മനുഷ്യനെ മയക്കുന്ന ക്ലോറോഫോം കണ്ടുപിടിച്ചതല്ല എന്നെ മയക്കുന്ന ക്രിസ്തുവിനെ കണ്ടെത്തിയതാണ് അരക്കാശിൻ നിങ്കതി ഇല്ലാത്തവനായി തലചായ്പനിടമില്ലാത്തവനായി ആർക്കും വേണ്ടാത്തവനായി ക്രൂസിൽ മരിച്ച കടന്നു തല ഒലുക്കിക്കൊണ്ട് കളിയാക്കി പരിഹസിച്ച് ഇവന്റെ കൂടെയാണല്ലോ ഞങ്ങൾ നടന്നതായോ ഇന്ന് മണ്ടത്തനുമായി പോയി എന്ന ആളുകൾ ചിന്തിക്കത്തക്കവണ്ണം സകലരാലും വെറുക്കപ്പെട്ട് സകലരാലും പരിഹസിക്കപ്പെട്ട് സകലരാലും നിന്ദിക്കപ്പെട്ട് സകലരാരും പരിത്യയിക്കപ്പെട്ട് ക്രൂസിൽ പെടഞ്ഞ കർത്താവ യേശു ക്രിസ്തു ഇന്ന് ചരിത്രത്തിന്റെ ഗതിയെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കുകയാണ് യേശു ക്രിസ്തുവിൽ നിന്നുകൊണ്ട് ചരിത്രത്തെ വകമാറ്റി ചരിത്രത്തെ വകഞ്ഞു മാറ്റി എന്നും എ എന്നും രണ്ടായി തിരിച്ചു ലോകചരിത്രത്തിന്റെ നടുവായ സ്ഥാനത്ത് നിൽക്കുന്ന കർത്താവ യേശു നേടിയ നേട്ടം മനുഷ്യനെ നേടിയ നേട്ടം അവന്റെ ഹൃദയത്തെ നേടിയതാണ് സാമ്രാജ്യങ്ങളെ തകടം മറിച്ചതല്ല സംഘടിപ്പിച്ചതല്ല അതൊന്നും യേശു ചെയ്തില്ല രാജകിരീടങ്ങളെ മറിച്ചിട്ടതല്ല സിംഹാസനങ്ങളെ മറിച്ചിട്ടതല്ല അതൊന്നും യേശു ചെയ്തില്ല യേശു ചെയ്തതായ ഏറ്റവും വലിയ അത്ഭുതം മനുഷ്യഹൃദയത്തെ മറിച്ചിട്ടു മനുഷ്യ രൂപാന്തരപ്പെടുത്തി കോവിഷ്ഠന്മാരായ മനുഷ്യരെ ശാന്തശീലരാക്കി മാറ്റി മദ്യപിച്ച് ലഹളവെച്ച് ബഹളം വെച്ച് നാട് മുടിച്ച് പേടി സ്വപ്നമായി നാട്ടിലാകെ പേടിയായി കഴിഞ്ഞിരുന്നവര് വീട്ടിൽ ഭയമായി കഴിഞ്ഞിരുന്നവര് അയ്യോ അപ്പൻ അപ്പനെപ്പുവ വരുമോ എപ്പ വരുമോ എന്ന് പേടിച്ച് മക്കൾ കഴിഞ്ഞിരുന്ന കുടുംബങ്ങളിൽ ഭർത്താവ് എപ്പ വരുമയ്യോ ഇന്ന് വന്നു കഴിഞ്ഞാൽ ഉപദ്രവിക്കുമല്ലോ ഇന്ന് മദ്യപിച്ച് ലക്ക് കെട്ടായിരിക്കുമല്ലോ വരുന്നത് അയ്യോ തല്ലുമല്ലോ എന്നെ വീട്ടിൽ നിന്ന് വിടുമല്ലോ എന്തു വേണ്ടെന്നറിഞ്ഞ് അറിയാതെ വിഷമിച്ച് ഭാരപ്പെട്ടിരിക്കുന്ന ഭാര്യമാര് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ അനേകം അനേകം കുടുംബങ്ങളിൽ യേശു ജീവിതത്തെ മാറ്റിമറിച്ചു മദ്യപാനികളെ ദൈവ സ്നേഹികളാക്കി മാറ്റി കൊണ്ടുകാത്ത ബന്ധങ്ങൾ ഉലർത്തിയിരുന്നവരെ സ്നേഹത്തിന്റെ പ്രവാചകന്മാരാക്കി മാറ്റി അഴുക്കായ ശീലങ്ങളിൽ ജീവിച്ചവരെ സത്യപാതയിലേക്ക് തിരിച്ചുകൊണ്ടുവന്നു കുടുംബങ്ങളിൽ വഴക്കടിച്ചുകൊണ്ടിരുന്നവരെ സ്നേഹത്തിന്റെ സൌശീല പാഠങ്ങൾ അഭ്യസിപ്പിച്ചു സ്നേഹത്തിന്റെ പൊതുപാഠങ്ങളിലൂടെ നയിച്ചു പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കും നിങ്ങൾക്കും ഇന്ന് ഈ എ സിനടുത്ത് കിട്ടിയിരിക്കുകയാണ് നിങ്ങൾ ഇളക്കിമറിക്കാനേശു വന്നിരിക്കുകയാണ് നിങ്ങളെ ആകമാനം ഇളക്കിമറിച്ച് നിങ്ങളിൽ വലിയ അത്ഭുതങ്ങൾ വിരസിക്കുവാനേശു വന്നിരിക്കുകയാണ് സ്നേഹിതരെ നിങ്ങൾ കേൾക്കുമോ ഞാൻ ഇന്ന് രാത്രി ചില ഗൌരവേറിയ കാര്യങ്ങൾ നിങ്ങൾ പറയാൻ പോവുകയാണ് ദൈവത്തിന് സ്തോത്രം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് രാത്രി ഒരത്ഭുതം നടക്കും നിങ്ങൾ അതിനൊന്ന് വിധേയപ്പെട്ടാൽ മാത്രം മതി നിങ്ങൾ മറ്റൊന്നും ചെയ്യണ്ട ഭർത്താവെ നീ ഇന്ന് ഈ പന്തലിലും പരിസരത്തിൽ ഇരിക്കുന്നു ഓരോരുത്തരെ നിന്റെ കരുണ പകരുമ്പോൾ ഇവിടെ ഇതാ ഒരത്യാവശ്യക്കാരനൊരാളിരിക്കുന്നുണ്ട് യേശുവെ ഇവിടെ ഒരു അത്യാവശ്യക്കാരി ഇരിക്കുന്നുണ്ട് എന്റെ മേലിന്റെ കരുണ ചൊരിയണമേ എന്റെ പ്രശ്നം നീ ഒന്ന് കാണണമേ എന്റെ ഉള്ളിന്റെ നെടുവർപ്പുകൾ നീ ഒന്ന് കേൾക്കണമേ എന്റെ ആകുലങ്ങൾ നീ ഒന്ന് കാണണമേ എന്റെ രോഗം നീ ഒന്ന് കാണണമേ എന്റെ വേദന നീ ഒന്ന് കാണണമേ നാഥാ നിനക്ക് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ ഒന്നും നിനക്ക് അസാധ്യമല്ലോ കർത്താവേ നീ തൊട്ടാലെല്ലാം പൊന്നാണല്ലോ നീയൊന്ന് തൊടണമേ നീയൊന്ന് സ്പർശിക്കണമേ നീയൊന്ന് അനുഗ്രഹിക്കണമേ എന്നെ നീയൊന്ന് തലോടണമേ എന്റെ കണ്ണുനീരൊന്ന് തുടയ്ക്കണമേ ദൈവജനമേ നിങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുമെങ്കിൽ നിങ്ങൾ ഏതേതെല്ലാം മുൻനിധികളോടുകൂടെ വന്നവരാണെങ്കിലും നിങ്ങളിന്ന് അനുഗ്രഹം പ്രാപിച്ചു പോകും ഇന്ന് യേ തൊടും നിങ്ങളെ തലോടും നിങ്ങളെ അനുഗ്രഹിക്കും ഏ അനുഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ തലമേൽ വയ്ക്കും നിങ്ങൾ അത്ഭുതപ്പെടും എന്താണ് സംഭവിച്ചത് നിങ്ങൾ അറിയുകയില്ല നിങ്ങൾ ചിലപ്പോൾ അറിയാതെ പൊട്ടിക്കറിഞ്ഞു പോകും നിങ്ങളുടെ കണ്ണിരുന്ന് കണ്ണീർത്തുള്ളികളിങ്ങനെ അടർന്നടർന്ന് വീഴാൻ തുടങ്ങും നിങ്ങളുടെ ഹൃദയം വെമ്പലുമുണ്ട് ഭർത്താവേ നിങ്ങൾ അറിയാതെ വിളിച്ചുപോകും നാളെ ഇവരെ സ്തുതിച്ചിട്ടില്ലാത്തവര് സ്തുതി എന്ന് പറയാനും സ്തോത്രം എന്ന് പറയാനും ലജ്ജിച്ചവര് അറിയാതെ സ്തോത്രമെന്നറിയാതെ പറഞ്ഞു പോകും ഹാലലിയായെന്നറിയാതെ പറഞ്ഞു പോകും ദൈവത്തിന് സ്തോത്രം ദൈവമക്കളെ ഇന്ന് അത്ഭുതങ്ങളുടെ രാത്രിയാണ് ദൈവത്തിന് സ്തോത്രം ഇന്ന് അത്ഭുതങ്ങൾ ഉടയൻ വന്നിട്ടുണ്ട് ദൈവത്തിന് സ്ത്രോത്രം ഇന്ന് അതിശയങ്ങളുടെ കർത്താവ് നമ്മുടെ അധ്യക്ഷത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് ദൈവത്തിന് സ്ത്രോത്രം ക്രിസ്തുവിനെ കണ്ടുപിടി നിങ്ങളിരിപ്പിൻ നമുക്ക് തിരുവചനം വായിക്കാം ഉത്തമഗീതങ്ങളുടെ പുസ്തകം രണ്ടാമധ്യായം പതിനഞ്ചാം വാക്യം വായിക്കാം ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പൂത്തിരിക്കയാൽ മുന്തിരിവള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാരെ ചെറുകുറുക്കന്മാരെ തന്നെ പിടിച്ചു തരുവീൻ ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ കൂത്തിരിക്കാൽ മുന്തിരിവള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാരെ ചെറുകുറുക്കന്മാരെ തന്നെ പിടിച്ചു തരുവീൻ മുന്തിരിത്തോട്ടം ധാരാളം മുന്തിരിയുണ്ട് നല്ല കൊഴുത്ത് മെഴുത്ത് വളരുന്ന മുന്തിരിത്തൈകളാണ് നല്ലപോലെ പടർന്ന് പന്തലിക്കുന്നുണ്ട് മുന്തിരി വെള്ളിയെല്ലാം പൂത്ത് നിൽക്കുന്നു ആ മുന്തിരിത്തോട്ടം മുഴുവൻ നിറയെ ഒരു സുഗന്ധം വീശുന്നു മുന്തിരിപ്പൂക്കളുടെ സുഗന്ധം തോട്ടത്തിലേക്ക് വരുന്ന ആർക്കും ആ സുഗന്ധം കിട്ടും വളരെ നല്ല പരിമളമാണത് ആ മുന്തിരിത്തോട്ടം പൂത്തിരിക്കുകയാണ് ഏതാനും ദിവസം കഴിയുമ്പോൾ ആ മുന്തിരിത്തോട്ടത്തിൽ ഇപ്പോൾ കാണുന്ന പൂക്കൾ അതിന്റെ ഇരകളുകൾ കൊഴിഞ്ഞുവീഴും അതിൽ കായ്കളുണ്ടാകും കായ്കൾ വിരിയാൻ തുടങ്ങിക്കഴിഞ്ഞു മുന്തിരിത്തോട്ടം പൂത്തിരിക്കുന്നു ഇനി നിറയെ നിറയെ കൊലവലയായി കായ്കളുണ്ടാകും അതിമനോഹരമായൊരു കാഴ്ചയാണത് മുന്തിരിഞ്ഞ കാഴ്ച കിടക്കുന്ന കാഴ്ച നല്ല ഇടതൂർന്ന് മുന്തിരിഞ്ഞ അങ്ങനെ വളർന്നു നിൽക്കുന്ന മുന്തിരിക്കൊലകൾ അങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് മുന്തിരിത്തോട്ടത്തിന്റെ ഒരു നല്ല സുന്ദര ദൃശ്യമാണ് മനോഹരമായ കാഴ്ചയാണ് ഏതാനും ദിവസം കഴിഞ്ഞാൽ മതി അവളിൽ നിറയെ മുന്തിരിക്കായ്കൾ ഉണ്ടാകും മുന്തിരിക്കൊലകൾ പഴുത്ത് കിട്ടും ആ മുന്തിരിക്കായ്കൾ പഴുത്ത് കഴിയുമ്പോൾ അത് പറിച്ചെടുക്കാം ആ മുന്തിരി സത്തെടുക്കാം അത് വീര്യമുള്ള മധുരമുള്ള മുന്തിരിച്ചാറാണ് അത് നില വിലയേറിയതാണ് അത് രുചികരമാണ് അത് മധുരതരമാണ് അത് ആസ്വാദ്യമാണ് ഇതെല്ലാം സംഭവിക്കാൻ പോകുകയാണ് അപ്പോഴാണ് ഈ തോട്ടത്തിലേക്ക് ആ തോട്ടം നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാർ കടന്നുവന്നത് കുറുക്കന്റെ സ്വഭാവമുണ്ട് അത് രാത്രിയാണ് രാത്രിയാണ് എരതേടുന്നത് പകലെരതേടുകയില്ല പകല് ഏതെങ്കിലും കുഴികളിലോ ഗുഹകളിലോ ഒളിച്ചിരിക്കും പകൽ സമയത്ത് പുറത്ത് വരികയില്ല രാത്രി പുറത്തിറങ്ങും ഈരളിലാണ് എരതേടുന്നത് ഈരളിൽ പുറത്തുവന്ന് ഈ മുന്തിരി നശിപ്പിക്കാനാണ് കുറുക്കന്മാർ കടന്നു വന്നിരിക്കുന്നത് ചെറുകുറുക്കന്മാർ ഉടമസ്ഥൻ എടുത്തു പറയുകയാണ് ഞങ്ങളുടെ മുന്തിരിത്തോട്ടങ്ങൾ പോത്തിരിക്കുകയാൽ മുന്തിരി വെള്ളി നശിപ്പിക്കുന്ന കുറുക്കന്മാരെ ചെറുകുറുക്കന്മാരെ തന്നെ പിടിച്ചു തരുവേം ദൈവത്തിന് സ്ത്രോത്രം സഹോദരങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബസമാധാനം നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാരുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പുഷ്ടി നശിപ്പിച്ച് നശിപ്പിച്ചു കളയുന്ന ചെറുകുറുക്കന്മാരുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വളർച്ചയെ മുരടിപ്പിക്കുന്ന ചെറുകുറുക്കന്മാരുണ്ട് നല്ലൊന്നാന്തരം മുന്തിരിക്കായ്കൾ നല്ല ഫലസമൃദ്ധിയെ പ്രതീക്ഷിക്കുന്നതാണ് നല്ല വിളവെടുപ്പ് പ്രതീക്ഷിക്കുന്നുണ്ട് ധാരാളം പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുകയാണ് കാണാൻ ചന്തമുണ്ട് അതിന്റെ സുഗന്ധം അത് വളരെ മധുരതരമാണ് ആസ്വാദ്യമാണ് ഓരോ അതിൽ മുന്തിരിക്കായ്കൾ ഉണ്ടാവുകയും ചെയ്യും എന്നാലിപ്പോൾ അത് നശിപ്പിക്കാൻ ചെറുകുറുക്കന്മാർ കടന്നു വന്നിരിക്കുന്നു സഹോദരങ്ങളെ നിങ്ങളുടെ ഭവനത്തിൽ ചെറുകുറുക്കന്മാർ കടന്നു വന്നിരിക്കുന്നു നിങ്ങൾ കാണാറുണ്ടോ നിങ്ങളുടെ ഹൃദയത്തിൽ ചെറുകുറുക്കന്മാർ ഒളിച്ചു പാർക്കുന്നത് നിങ്ങൾ അറിയാറുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ചെറുകുറുക്കന്മാർ ഏതാണ് ഈ ചെറുകുറുക്കന്മാർത്താവ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നമുക്ക് വായിക്കാം സുവിശേഷം സമത്തായുടെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ട് പ്രകർത്താവ് അതിനെക്കുറിച്ചായി പറഞ്ഞിരിക്കുന്നു എട്ടാം അധ്യായം ഇരുപതാം വാക്യം വായിക്കാം യേശു അവനോട് കുറുനരികൾക്ക് കുഴികളും ആകാശത്തിലെ പറവകൾക്ക് കൂടുകളുമുണ്ട് മനുഷ്യപുത്രനോ തലചായ്പാൻ ഇടമില്ല എന്ന് പറഞ്ഞു യേശു പറയുകയാണ് കുറുനരിക്ക് കുഴിയുണ്ട് പറവജാതിക്ക് കൂടുണ്ട് മനുഷ്യപുത്രനോ തലചായ്പനിടമില്ല തൊട്ടു തൊണ്ടുള്ള വാക്യം കൂടി ചേർത്ത് വായിക്കാം എന്നാൽ യേശു തന്റെ ചുറ്റും വളരെ പുരുഷാരത്തെ കണ്ടാറേ അക്കരയ്ക്ക് പോകുവാൻ കൽപ്പിച്ചു അന്ന് ഒരു ശാസ്ത്രി അവന്റെ അടുക്കിൽ വന്നു ഗുരു നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാമെന്ന് പറഞ്ഞു ഒരു ശാസ്ത്രീയടുത്തു ശാസ്ത്രി തിയോളജി അറിയാവുന്ന ആളാണ് വേദശാസ്ത്രം അറിയാവുന്നയാളാണ് പണ്ഡിതനാണ് മതപണ്ഡിതനാണ് മത ബൈബിൾ നല്ലപോലെ അറിയാവുന്ന ആളാണ് മോശിയുടെ വഞ്ചഗ്രന്ഥങ്ങൾ നല്ലതുപോലെ പഠിച്ചിട്ടുള്ള ആളാണ് നല്ല വേദപുസ്തക പാണ്ഡിത്തിൽ ലഭിച്ചയാളാണ് അദ്ദേഹം ശാസ്ത്രീയാണ് വേദശാസ്ത്രത്തിൽ അഭ്യാസം തികഞ്ഞവനാണ് മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന യഹൂദഗുരുവാണ് ഒരു റബ്ബിയാണ് ഈ യഹൂദഗുരുവായ ശാസ്ത്രി യേശുവിന്റെ അടുക്കലേക്ക് വന്നു ഗുരു എന്നാണ് പറയുന്നത് ഭക്തിപൂർവമാണ് പറയുന്നത് യേശു ചെയ്യുന്ന കണ്ടപ്പോൾ അവൻ ആകൃഷ്ടനായി നല്ല കാര്യങ്ങളാണ് യേശു ചെയ്യുന്നത് കണ്ണുകൂടനെ കാഴ്ച കൊടുക്കുന്നു നല്ല കാര്യം കുഷ് രോഗിക്ക് കൊടുക്കുന്നു വളരെ നല്ല കാര്യം മരിച്ചവരെ ഉയർപ്പിക്കുന്നു എത്രയോ അത്ഭുതകരമായ കാര്യം തളർവാദ രോഗി എഴുതി നടക്കുന്നു അത്ഭുതങ്ങളിൽ അത്ഭുതമല്ലേ മുപ്പത്തെട്ട് കൊല്ലം തളർന്നു കിടന്ന മനുഷ്യൻ അവൻ കിടക്കുന്നു എന്തോരത്ഭുതം പതിനെട്ട് കൊല്ലം കൂനിക്കൂനി കടന്ന സ്ത്രീ നിവർന്ന ദൈവത്തെ വകുപ്പുന്നു അത്ഭുതങ്ങളിൽ അത്ഭുതം പന്ത്രണ്ട് കൊല്ലം രക്തവാർച്ചയുണ്ടായിരുന്ന സ്ത്രീ അവൾ മെലിഞ്ഞുണങ്ങിയവളാണെങ്കിലും യേശുവിന് വസ്ത്രത്തിന് തൊങ്ക തോട്ടപ്പോഴേക്ക് കിട്ടി ഇതെന്തര അതിശയമാണ് നടക്കുന്നത് അത്ഭുതങ്ങൾ നടക്കുകയാണ് ഈ ന്യായസഭാസ്ത്രം ഇതെല്ലാം കാണുന്നുണ്ട് യെറൂസലേം ദേവാലയത്തിലെ വേദപുസ്തക പണ്ഡിതനായ ഈ ശാസ്ത്രി ഈ സംഭവങ്ങളൊക്കെയും കാണുന്നുണ്ട് അദ്ദേഹത്തിന് തോന്നി യേശുവിന്റെ പുറകെ നടക്കുന്നത് ഒരു നല്ല കാര്യമാണ് തോന്നി യേശുവിന്റെ പുറകെ വന്നു പറഞ്ഞു ഗുരു നീ എവിടെ പോയാലും ഞാൻ നിന്റെ പുറകെ വരാൻ തീരുമാനിച്ചിരിക്കുന്നു ഞാൻ സമർപ്പണമെടുത്തിരിക്കുന്നു ഞാൻ സമർപ്പിച്ചിരിക്കുകയാണ് എവിടെ പോയാലും ഞാൻ വരാം സഹോദരങ്ങളെ കർത്താവ് അവനെ നോക്കി ആ ന്യായശാസ്ത്രീയ കർത്താവ് നോക്കി അവൻ വേദപുസ്തം അറിയാവുന്നവനാണ് ശരിയാണ് അവൻ പണ്ഡിതനാണ് ശരിയാണ് അവൻ ആത്മീയമായ സാമാന്യമായ ജ്ഞാനമുണ്ട് അതും ശരിയാണ് അവൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവനാണ് അതും ശരിയാണ് അവന് പള്ളിയിൽ പ്രാമാണിത്യം വളരെ നല്ലതാണ് എന്നാൽ യേശുവാൻ നോക്കിയിട്ട് പറഞ്ഞു എന്റെ പിന്നാലെ വരാൻ സാധ്യമല്ലല്ലോ സ്നേഹിതനക്ക് എന്റെ പിന്നാലെ വരാൻ സാധ്യമല്ലല്ലോ ആകാശത്തിലെ പറവയ്ക്ക് കൂടുണ്ട് കുറുതരിക്ക് കൊഴിയുണ്ട് മനുഷ്യത്രനോ തലകായ്പനിടമില്ല കുറുക്കന്മാർക്ക് ഗുഹകളുണ്ട് കുറുനീകൾക്ക് മാളങ്ങളുണ്ട് കുറുക്കന്മാർക്ക് ഗുഹകളുണ്ട് കുറുക്കന്മാർക്ക് കുഴികളുണ്ട് നിന്റെ ഹൃദയത്തിൽ മകനെ നിന്റെ ഹൃദയത്തിൽ അവിടെ കുറുനരികൾ ഒളിച്ചിരിക്കുന്നുണ്ട് പുറമേയില്ല പുറമേ നീ പ്രാർത്ഥിക്കുന്നവനാണ് പുറമേ നീ യെരുസലം ദേവാലയത്തിൽ പോകുന്നവനാണ് ദേവാലയ കർമ്മങ്ങളിൽ ആചാരങ്ങൾ നിഷ്ഠയുള്ളവനാണ് നല്ല സ്വഭാവം നിനക്കുണ്ട് പക്ഷേ എന്നോട് പറയട്ടെ നിന്റെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ കുറുനിരികൾ ഒളിച്ചു പേർക്കുന്നു നിന്റെ ഹൃദയത്തിൽ കുറുനിരികൾക്ക് കുഴിയുണ്ട് നിന്റെ ഹൃദയത്തിൽ കുറുക്കന്മാർക്ക് സൂത്രശാലിത്വത്തിന് അവിടെ അവസരമുണ്ട് സൂത്രവും കൌശലവും ഇതിന്റെ അകത്തിരിപ്പുണ്ട് കുറുക്കനെ കുറിച്ച് പറയുന്നത് അവൻ സൂത്രശാലി എന്നാണ് അവനുകളുടെ കണ്ണിങ്ങാണെന്നാണ് അവൻ സൂത്രശാലിയാണ് ഉപായിയാണ് അവൻ തന്ത്രശാലിയാണ് കുറുക്കൻ അവൻ തന്ത്രശാലിയായ കുറുക്കൻ നിന്റെ ഹൃദയത്തിൽ ഒളിച്ചു പാർക്കുന്നുണ്ട് കുറുതിരികൾക്ക് പറവജാതിക്ക് കൂടുണ്ട് പർവജാതി എന്ന് പറയുന്നത് ആകാശത്തിലെ പറവ എന്ന് പറയുന്നത് അത് ദുരാത്മസേനയാണ് കാണിക്കുന്നത് നമ്മുടെ ശവസംസ്കാര ശുഭയിൽ ആയ അറിയിൽപ്പതിരിക്കുന്ന ദുഷ്ടാത്മസേനയിൽ നിന്നും ഈ ദാസന്റെ ആത്മാവെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നങ്ങൾ കേട്ടിട്ടുണ്ടാകും ഈ അന്തരീക്ഷത്തിൽ ദുരാത്മസേനകളുണ്ട് ആറിൽ പതികരിക്കുന്ന ദുരാത്മസേനകൾ അതിനെ പ്രതിനിധീകരിക്കുന്നതാണ് അതിനെ പ്രതീകവത്കരിക്കുന്നതാണ് പർവജാതി എന്ന് പറയുന്നത് പർവജാതി പർവജാതിക്ക് കൂടുണ്ട് ദുരാത്മാക്കൾക്ക് നിന്നിൽ ഇടമുണ്ട് പ്രാർത്ഥിക്കുന്നവനാണ് പുറമെ നമസ്കാരങ്ങൾ ചൊല്ലുന്നവനാണ് പുറമെ പള്ളിയിൽ പോകുന്നവനാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ അവസ്ഥ പറഞ്ഞാൽ പുറമേ കുരിശുവരയ്ക്കുന്നില്ലേ പുറമേ പള്ളിയിൽ പോകുന്നില്ലേ നാം ആത്മീയ കൂട്ടായ്മകളിൽ പങ്കെടുക്കുന്നില്ലേ നാം ഒരുപക്ഷെ സാക്ഷ്യം പറയുന്നില്ലേ അല്ല ചെറിയ ചെറിയ പ്രസംഗങ്ങൾ ചെയ്യുന്നില്ലേ സൺഡേ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നില്ലേ വനിതാ സമാജങ്ങളിൽ പ്രസംഗിക്കുന്നില്ലേ ആത്മീയ പ്രവർത്തനങ്ങൾ മുഴുവുന്നില്ലേ യുവജന പ്രസ്ഥാനങ്ങളിൽ നിന്ന് ഉത്സാഹത്തോടെ മുന്നോട്ട് വരുന്നില്ലേ ആത്മീയ കാര്യങ്ങളിൽ നല്ല താൽപര്യപൂർവ്വം പ്രവർത്തിക്കുന്നില്ലേ എല്ലാം ഉണ്ട് പക്ഷെ അകത്ത് കൂറുന്നിലേക്ക് കുഴിയുണ്ട് പർവജാതിക്ക് കൂടുണ്ട് ദുരാത്മാക്കൾക്കകത്ത് അവകാശം പറയാനുണ്ട് അവകാശം പറയും ദുരാത്മാക്കളുണ്ട് ഏതെല്ലാമാണേ ദുരാത്മാക്കൾ അവകാശത്തിലെ പറവജാതിക്ക് കൂട് ഏതെല്ലാം ദുരാത്മാക്കൾ പ്രിയപ്പെട്ടവരെ ദുരാത്മാക്കൾക്ക് ഇടമുണ്ട് കോപത്തിന്റെ ആത്മാവ് കോപത്തിന്റെ ആത്മാവ് വാശിയുടെ ആത്മാവ് വൈരാഗ്യത്തിന്റെ ആത്മാവ് പകയുടെ ആത്മാവ് നീരസത്തിന്റെ ആത്മാവ് കയ്പിന്റെ ആത്മാവ് അഹങ്കാരത്തിന്റെ ആത്മാവ് ഇതെല്ലാം ദുരാത്മാക്കളാണ് ഓരോന്നിനും ഓരോ ഓരോ ടെറിട്ടോറിയൽ സേനയുണ്ട് കോപത്തിനെ ഒരു സൈന്യമുണ്ട് പ്രിയപ്പെട്ടവരെ വഴക്കിനെ ഒരു സൈന്യമുണ്ട് രണ്ടുപേർ തമ്മിൽ വഴക്കടിക്കുകയെന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ അവിടെ ഭീകരന്മാരായ ദുരാത്മാക്കളാണ് ഈ വഴക്കടിപ്പിക്കുന്നത് ശത്രു വഴക്കടിക്കുന്ന രണ്ടു പേരിൽ നിന്നുകൊണ്ട് ശത്രുവായ പിശാജ് അവരെ വഴക്കടിപ്പിക്കുമ്പോൾ ഈ പിശാജുക്കൾ യോജിത ചിരിക്കുകയാണ് മനുഷ്യർ തമ്മിൽ വഴക്കടിപ്പിക്കുന്നു ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ വഴക്കടിപ്പിക്കുന്നു ഭാര്യയും ഭർത്താവും തമ്മിൽ ഇഷ്ടക്കുറവ് കാണിക്കുന്നു നിസ്സാര കാര്യത്തിന്റെ വാശി പിടിക്കുന്നു ചിരിക്കുകയാണ് ദുരാത്മാക്കൾ ചിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവമായിട്ടുണ്ടോ ഒരു കാര്യമില്ല ചിലപ്പോൾ കോപം വരുന്നു എന്തിനാ കോപിച്ചത് അല്പനേരം കഴിഞ്ഞ് സുഭോകത്തോടെ ഇരുന്ന് ചിന്തിക്കുമ്പോൾ അല്പം മനസ്സാന്നിധ്യത്തോടെ ഇരുന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ എന്തിനാ കോപിച്ചത് നിങ്ങൾ അത്ഭുതപ്പെടും കോപിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല അത്രയ്ക്ക് വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എന്തിനാ കോപിച്ചത് ഒരു ശത്രു പൈശാചിക ശക്തി ഒരു ഭീകരശക്തി നമ്മുടെ അകത്തിരുന്ന് കോപിപ്പിക്കുകയാണ് നമ്മെ കൊണ്ടെന്തെല്ലാമോ ചെയ്യിക്കുകയാണ് മനുഷ്യനെ എപ്പിശാജ് പാവ കളിപ്പിക്കുകയാണ് പാവ അങ്ങോട്ട് ചാടാൻ പറയുമ്പോൾ അങ്ങോട്ട് ചാടും ഇങ്ങോട്ട് ചാടാൻ പറയുമ്പോൾ അങ്ങോട്ട് ചാടും മനുഷ്യൻ എം പിശാജിന്റെ കയ്യിലെ കളിപ്പാവയായി സഹോദരങ്ങളെ നിങ്ങൾ കോപിക്കാറുണ്ടോ ദുരാത്മാക്കൾ നിങ്ങളുടെ ഹൃദയിൽ ഇടം കിട്ടിയിരിക്കുകയാണ് ചെറുകുറുക്കന്മാർ അകത്തൊളിച്ചു പാർക്കുന്നുണ്ട് എപ്പോഴും കോപിക്കുന്നില്ല ഒരു സ്ത്രീ ഒരിക്കൽ പറഞ്ഞു സാറേ മദ്യപിച്ച് വരുമ്പോൾ മാത്രമേ അദ്ദേഹം ഉപദ്രവിക്കുകയുള്ളൂ അല്ലെങ്കിൽ നല്ല സ്നേഹമാണ് ഒരു ദിവസം മദ്യപിക്കാതിരുന്നാൽ എനിക്ക് സ്വർഗ്ഗമാണ് സാറേ ഒരു ദിവസം മദ്യപിക്കാതെ വന്നാൽ അന്ന് സ്വർഗ്ഗമാണ് എന്തൊരു സ്നേഹമാണെന്നോ നല്ല മനുഷ്യനാണ് പക്ഷേ മദ്യപിച്ചു കഴിയുമ്പോൾ ആള് മാറുകയാണ് ഭ്രാന്ത് ബാധിച്ചതുപോലെയാണ് സുബോധം നഷ്ടപ്പെട്ടു പിന്നെ എന്താ പറയുന്നത് അതിനറിയാൻ പാടില്ല പരിസര ബോധമില്ല എന്റെ മക്കൾ പ്രായമായ പെൺമക്കൾ അവരെ അകത്തുണ്ടെന്ന് അദ്ദേഹം അറിയുന്നില്ല ഓർക്കുന്നില്ല അദ്ദേഹത്തെ നക്കുന്നത് ബോധമില്ല എന്തെല്ലാമാണോ ചെയ്യുന്നത് പറയുന്നത് ബോധമില്ല സാറേ അദ്ദേഹം പ്രാന്തി പിടിച്ചുതന്നെ എന്തെല്ലാമാണ് കാണിക്കുന്നത് എന്റെ സാറേ ചിലപ്പോൾ എന്നെ വീട്ടിൽ നിറക്കിവിടും നട്ടപ്പാതിരിക്ക് വെളിയിലേക്ക് വിട്ടിട്ട് വാതിൽ കുറ്റിയിട്ട് അദ്ദേഹം കിടന്നുറങ്ങും ഞാൻ വെളിയിൽ വരാൻ എന്തെങ്കിലും മുറ്റത്തോ ഇരുന്ന് ഇരുന്ന് നേരം നേരമെളുക്കുമ്പോഴേക്കും അദ്ദേഹത്തിന് സുബോധമാകും അയ്യോ ഇന്നലെ ഞാൻ നിന്നോട് കോപിച്ചുവല്ലേ അദ്ദേഹം വീണ്ടും വന്ന് എന്നെ സ്നേഹത്തോടെ എന്നോട് മധുരമായി സംഭാഷിക്കും അപ്പോൾ എന്റെ സാറേ എന്റെ മനസ്സപ്പോൾ അരിയും പ്രിയപ്പെട്ടവരെ എത്ര എത്ര കുടുംബങ്ങളാണ് നരകം അനുഭവിക്കുന്നത് ഒരു ഭീകരപ്പിശാജ് നിങ്ങളെയായിട്ട് വേട്ടയാടുകയാണ് ശത്രു നിങ്ങളെയായിട്ട് പന്താടുകയാണ് നിങ്ങളുടെ കുടുംബത്തിൽ എന്തിന് എന്തിന് ദേഷ്യം വരുന്നു എന്തിന് കോപിക്കുന്നു എന്തിന് ഭാര്യയോട് കോപിക്കുന്നു എന് ഭർത്താവിനോട് പരിഭവിക്കുന്നു ഭർത്താവോട് മത്സരിക്കുന്നു എന്തിനും മാതാപിതാക്കളോട് ധിക്കാരം പറയുന്നു മാതാപിതാക്കളോട് കോപിക്കുന്നു ഇല്ലെ ചെറുപ്പക്കാരനേകരെ വീട്ടിൽ ആഹാരം കഴിക്കാനിരിക്കുമ്പോൾ വഴക്കടിക്കാറില്ലേ അവർക്കെന്തെങ്കിലും തൃപ്തി കേടുവന്നാൽ ഉടനെ പാത്രം വലിച്ചെറിയാറില്ലേ ചെറിയ ചെറിയ ഇഷ്ടക്കുറവ് വന്നാൽ മതി കറിക്കൽപ്പം ഉപ്പ് കൂടിയാൽ മതിയല്ല ഉപ്പ് കുറഞ്ഞാൽ മതി പിന്നെ ആ ഊണുമേശ ഒരു വഴക്കിന്റെ പ്രതലമായി മാറുകയല്ലേ അല്ലേ പ്രിയപ്പെട്ടവരെ ചിന്തിക്കൂ എത്ര കുടുംബങ്ങളാണ് നരകമനുഭവിക്കുന്നത് എത്ര കുടുംബങ്ങളിലാണ് അസ്വസ്ഥത വളരുന്നത് സ്നേഹമുണ്ടോ ഇപ്പോൾ പ്രിയപ്പെട്ട സാരി പാടിയ പാട്ട് നിങ്ങൾ കേട്ടോ സ്നേഹത്തെ കുറിച്ചായിരുന്നു ആ പാട്ട് ആ പാട്ട് അത് എഴുതിയത് ഒരു റിട്ടയേർഡ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ് അദ്ദേഹം ആലുവായി താമസിക്കുന്ന ശ്രീ എം സി വറിയസ് അദ്ദേഹം അദ്ദേഹം എഴുതിയൊരു പാട്ട് അതൊന്ന് നോക്കാനായിട്ട് എനിക്ക് അയച്ചു നോക്കിയപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി ആ പാട്ട് ഒന്ന് ട്യൂൺ ചെയ്യുമ്പോൾ സാലിയുടെ കൊടുത്തു സാലി മനോഹരമായി ട്യൂൺ ചെയ്തു അപ്പൊ ട്യൂൺ ചെയ്ത് പാടിക്കേട്ടപ്പോൾ എനിക്ക് തോന്നി നമ്മുടെ കൺവെൻഷന്റെ പാട്ടിൽ പെടുത്തണമല്ലോ എന്ന് അദ്ദേഹത്തിന് വിളിച്ചറിയിക്കാൻ പറ്റിയില്ല വിളിക്കാൻ നോക്കി അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ എനിക്ക് നഷ്ടപ്പെട്ടു പോയി അവന് വിളിക്കാൻ പറ്റിയില്ല പ്രിയപ്പെട്ടവരെ അനുഗ്രഹീതനായ നല്ല മനുഷ്യൻ സ്നേഹത്തെക്കുറിച്ച് പാട്ട് പാടി അപ്പുറത്തലായ പോലും സ്ഫോദ്യലേഖനത്തിൽ പറഞ്ഞ സ്നേഹത്തിന്റെ അധ്യായം ഒരുവിട്ടുകൊണ്ടാണ് അദ്ദേഹം പാട്ട് തുടരുന്നത് പ്രിയപ്പെട്ടവരെ സ്നേഹം നമ്മുടെ കുടുംബത്തിൽ സ്നേഹം വന്നാൽ എല്ലാം ശരിയാകും ഇന്ന് പലതിലും പരിഭവമാണ് പലതിലും പരാതിയാണ് പലർക്കും നിരാശയാണ് അയ്യോ നിങ്ങൾ കാരണമല്ലേ ഈ കടമെന്ന് കയറിയത് ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്നു നിങ്ങൾ ഒരുത്തൻ കാരണമല്ലേ ഞാൻ ഈ വിഷമിക്കേണ്ടി വന്നത് പാവും ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്നു നിങ്ങളൊന്നും മര്യാദയ്ക്ക് ജീവിച്ചിരുന്നെങ്കിൽ ഇത് ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്നു ഇന്ന് എന്റെ കുടുംബത്തിൽ ഈ കടമെന്ന് കയറാൻ ഞാൻ ഇതുപോലെ നിരകനുഭവിക്കേണ്ടവളല്ലോ ഞാൻ മാനമര്യാദയായിട്ട് ജീവിച്ചവളല്ലേ എന്റെ അപ്പനെന്റെ ആങ്ങളയ്ക്ക് സൗകര്യമായിട്ട് ജീവിക്കാൻ മാർഗമുണ്ടല്ലോ നിങ്ങൾ ഒരുത്തൻ കാരണം എന്റെ സൽഫയിൽ കളഞ്ഞല്ലോ എന്റെ കുടുംബം മുടിച്ചല്ലോ എന്റെ മക്കൾ അനാഥരായല്ലോ ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ അവിടെ ഭാര്യയും ഭർത്താവും കൂടി ഒരുമിച്ച് ആ ചുമട് ചുമക്കുക ഒരുമിച്ച് ചുമട് ചുമക്കുക അതാണ് സ്നേഹം ഒരു പ്രശ്നം വന്നാൽ ഭർത്താവിനെ ഒറ്റപ്പെടുത്തുകയല്ല ഭാര്യയെ ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത് എന്തിന് ഒരു ഗ്ലാസ് ഭാര്യയുടെ കയ്യിൽ താഴെ പോയി ഒന്ന് പൊട്ടിപ്പോയാൽ അന്ന് ആ വീട്ടിൽ എന്ത് ബഹളമായിരിക്കും ഒരു ക്ലാസ് പൊട്ടിപ്പോയി എന്തെയോ നിസ്സാരമായ വിലയുള്ളൊരു ക്ലാസ് പൊട്ടിപ്പോയി അതിന് ഇത്ര പേർക്ക് വെക്കണോ ഇത്ര പേർക്ക് കോപിക്കണോ പിന്നെ എന്നാ ബഹളമാണ് ഞാൻ നിനക്ക് കളയാനുള്ളതല്ല ഞാൻ സമ്പാദിച്ചു വെക്കുന്നത് നിനക്ക് നശിപ്പിക്കാനുള്ളതല്ല ഇങ്ങനെ പറയുന്ന ഭർത്താക്കന്മാർ അല്ല ഭാര്യയ്ക്ക് ജോലിയുണ്ട് ഭർത്താവിന് ജോലിയില്ല ഭാര്യ ശമ്പളം കൊണ്ടുവരുന്നവളാണ് ഭർത്താവിന് ചെറിയ തെറ്റുവച്ചയാൽ ഉടനെ ചോദ്യമാണ് ഞാനൊരാൾ പോയി കഷ്ടപ്പെട്ട് കൊണ്ടുവരുന്നത് നിങ്ങൾക്കിന് മുടിക്കാനാണോ നിങ്ങളിങ്ങനെ നിന്ന് മുടിക്കാനാണോ കുടിച്ചു മുടിക്കാനാണോ വീട്ടിൽ വഴക്ക് ചെറുകുറുക്കന്മാരാണ് ദുരാത്മാക്കളാണ് അകത്ത് പതിയിരിക്കുന്ന ദുരാത്മാക്കൾ നിങ്ങൾ ചിന്തിക്കൂ കോപത്തിന്റെ ദുരാത്മാവ് നിങ്ങളെ ആരെയെല്ലാം ബാധിച്ചിട്ടുണ്ട് ആ ദുരാത്മാവിനെ നിങ്ങൾക്ക് ഇറക്കി വിടാൻ മനസ്സുണ്ടോ മുന്തിരിത്തോട്ടം നശിപ്പിക്കുന്ന ചെറുകുറുക്കന്മാരെ പിടിച്ചു തരുവീരുന്നാണ് പറയുന്നത് എന്റെ മുന്തിരിത്തോട്ടം പൂത്തിരിക്കുന്നു എന്റെ മുന്തിരിത്തോട്ടം നശിക്കും മക്കൾ വളർന്നു വരുന്നു എന്റെ മക്കൾ നശിക്കും എന്റെ മക്കൾ അവര് വിദ്യാഭ്യാസത്തിലായിരിക്കുന്നു അവര് നശിക്കും അവരുടെ വിദ്യാഭ്യാസം മുടങ്ങും അവരുടെ ബുദ്ധിക്ക് ക്ഷയം വരും എന്റെ ഭാര്യ ഗർഭിണിയാണ് അവളിപ്പോൾ ഗർഭിണിയായിരിക്കുമ്പോൾ ഈ സമയത്ത് ഗർഭത്തിലുള്ള ശിശുവിന് അപകടമാണ് വീട്ടിൽ വഴക്കുണ്ടാക്കിയാൽ കുഞ്ഞിന്റെ ബുദ്ധിയെ ബാധിക്കും ഗർഭസ്ഥ ശിശുവിന്റെ ബുദ്ധിയെ ബാധിക്കും അങ്ങനെയുണ്ടോ ഗർഭസ്ഥ ശിശുവിന്റെ ബുദ്ധിയെ ബാധിക്കുമോ അപ്പനുമയും കൂടെ വഴക്കുകൂടിയാൽ പ്രിയപ്പെട്ടവരെ എന്താണീ പറഞ്ഞത് ഡോക്ടർമാര് പറയുന്ന കാര്യമാണീ പറയുന്നത് ഒരു സ്ത്രീ ഗർഭിണിയാകുമ്പോൾ ആ സ്ത്രീയുടെ മനസ്സ് ശാന്തമായിരിക്കേണ്ടതാണ് നിരാശപ്പെട്ടും മഴക്കടിച്ചും പിണങ്ങിയും നീരസപ്പെട്ടും ടെൻഷനായിട്ടും മനസ്സെങ്ങനെ ആകുലപ്പെട്ടും വലഞ്ഞിരുന്നാൽ ആ കുഞ്ഞിന്റെ ബുദ്ധിയെ ബാധിക്കും കുഞ്ഞിന്റെ സ്വഭാവത്തെ ബാധിക്കും ആ കുഞ്ഞിന്റെ ഭാവിയെ ബാധിക്കും നിങ്ങൾക്കറിയാമോ ഇതല്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് നമ്മുടെ കൂട്ടായ്മയിൽ പഠിപ്പിക്കുന്നത് കുഞ്ഞുങ്ങൾ അവരെ ജനിച്ചു കഴിഞ്ഞാൽ അവരെത്ര പിഞ്ചു കുഞ്ഞാണെങ്കിലും മടിയിൽ ഇരുത്തിക്കൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ ഉറങ്ങിക്കിടക്കട്ടെ കൊച്ചുറങ്ങുക വിചാരിച്ച് മാറ്റി കടത്തരുത് മടിയിലിഴുത്തിക്കൊണ്ട് അമ്മമാർ പ്രാർത്ഥിക്കണം ഗർഭിണിയായ മാതാവ് കുഞ്ഞിനെ ഗർഭത്തിൽ വഹിക്കുന്നതുകൊണ്ട് രണ്ടു ആത്മാവിന്റെ ഭക്ഷണം വാങ്ങിക്കൊള്ളണം എനിക്ക് മാത്രം പോരാ എന്റെ കുഞ്ഞിനെ ഗർഭത്തിലുള്ള കുഞ്ഞിനും ആഹാരം വേണം ആത്മാവിന്റെ ആഹാരം വാങ്ങിക്കൊള്ളണം അതിനെന്താണ് വേണ്ടത് പ്രാർത്ഥിക്കണം വിശുദ്ധി പാലിക്കണം ജീവിതത്തിൽ നൈർമല്യം പാലിക്കണം ഒരണുവിൽ പോലും കോപിക്കരുത് ഇഷ്ടക്കുറവ് വരരുത് നീരസം ഉണ്ടാകരുത് ക്ഷമിക്കണം സമ്പൂർണമായും ക്ഷമിക്കണം ഇതെല്ലാം നമ്മുടെ കൂട്ടായ്മയിൽ പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ വേദപുസ്തക സത്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇതെല്ലാം പ്രായോഗിക ക്രിസ്തീയ ജീവിതം എന്താണെന്നാണ് ഈ ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കുടുംബം സ്വർഗ്ഗമാക്കുന്നത് എങ്ങനെയെന്നാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളാരും ധരിക്കുന്നത് പോലെ പൈസ ഉണ്ടാക്കുന്ന കൂട്ടായ്മ അല്ലിത് ദൈവത്തിന്റെ സ്ത്രോത്രം പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളോട് എങ്ങനെയാണല്ലോ വേണം വിസ്തീകരണം എനിക്ക് അറിഞ്ഞുകൂടാ ആരും സംശയിക്കേണ്ട പൈസ സമാഹരിക്കുന്ന കൂട്ടായ്മയല്ല കൃഷ്ണൻ വായുവൽ ഫെലോഷിപ്പ് അപ്പോഴപ്പോൾ കാണിക്ക കിട്ടുന്നതില് എന്തെങ്കിലും ബാക്കി വരുന്നത് അപ്പോഴപ്പോൾ തന്നെ ചെലവഴിച്ച് കളിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതും ഞങ്ങൾ ഉത്സാഹിക്കുന്നതും നിങ്ങൾക്കറിയാമോ അതിനാണ് സ്വാധീന സേവന പ്രവർത്തികളെല്ലാം ചെയ്യുന്നത് അതിനാണ് കൃഷ്ണലോകാശുപത്രിയിലേക്ക് സഹായം ചെയ്യുന്നത് അതിനാണ് അനാഥശാലകളിലേക്ക് സഹായം ചെയ്യുന്നത് അതിനാണ് ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ സഹായം ചെയ്യുന്നത് ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ എന്തിനാണ് പറഞ്ഞത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമല്ല കാരണം വലം കൈ ചെയ്യുന്നത് ഇടം കൈ അറിയരുത് എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് എങ്കിലും എതിർച്ഛയാ സൂചിപ്പിച്ചേയുള്ളൂ നിങ്ങൾ ഗ്രഹിക്കൂ പൈസ ഉണ്ടാക്കാനല്ല ഈ കൂട്ടായ്മ നടത്തുന്നത് കൂട്ടായ്മയുടെ പേരിൽ ആത്മീയത്തിന്റെ പേരിൽ പത്ത് പൈസ ഉണ്ടാക്കുകയില്ല നിങ്ങൾ വിശ്വസിക്കൂ വേണെങ്കിൽ നിങ്ങൾക്ക് വിശ്വസിക്കാം അല്ലെങ്കിൽ നിത്യതിരി ചെല്ലുമ്പോൾ നിങ്ങൾ കാണാം നിത്യതിരി ചെല്ലുമ്പോൾ കാണാം എന്റെ കർത്താവിന് സ്തോത്രം പക്ഷെ ഒന്നുണ്ട് ഒറ്റയ്ക്കൊരു നിർബന്ധമുണ്ട് കർത്താവെ പത്ത് പൈസയിൽ പോലും കറ ജീവിതത്തിൽ കറ കാണരുത് ശത്രു അവകാശം പറയരുത് നിങ്ങളോട് ചോദിക്കട്ടെ ഈ ചെറുകുറുക്കന്മാർ പൈസയിൽ പതുങ്ങിയിരിക്കുന്നില്ലേ നിങ്ങളുടെ പലരുടെയും പൈസയിൽ ചെറു ഉറുക്കന്മാർ പതിങ്ങിയിരിക്കുന്നില്ലേ പൈസയില് പൈസയുടെ സമ്പാദ്യത്തില് പൈസ ചെലവഴിക്കുന്നതിൽ പൈസയുടെ വരവിലും പൈസ ഉണ്ടാക്കുന്നതിൽ അതിൽ അന്യായങ്ങൾ നടക്കുന്നുണ്ട് അഴിമതികൾ നടക്കുന്നുണ്ട് കൈക്കൂലികൾ നടക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ കൊള്ളകൾ നടക്കുന്നുണ്ട് കൊള്ളരായ്മകൾ സംഭവിക്കുന്നുണ്ട് അവിഹിത സമ്പാദ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതെല്ലാം ചെറുക്കന്മാരാണ് ചെറുകുറുക്കന്മാരെ പിടിച്ചു തരുവേൻ ദൈവത്തിന് സ്തോത്രം ഇവിടെ ഇന്ന് ആ ചെറുപ്പക്കാരനുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ ഒരു ചെറുപ്പക്കാരൻ എറണാകുളത്ത് മാർക്കറ്റ് റോഡിൽ ജോലി ചെയ്യുന്നവനായിരുന്നു മാർക്കറ്റ് റോഡിൽ ജോലി ചെയ്യുന്നു ആ ചെറുപ്പക്കാരൻ അവിടെ ആ കടയിലെ കണക്കെടുത്തുകാരനായിട്ടിരിക്കുകയായിരുന്നു ഒരു സേട്ടുവിന്റെ കടയാണ് സേട്ടുവിന് എനിക്ക് വരികയുമില്ല ഈ ചെറുപ്പക്കാരന്റെ അടുക്കൽ വന്നുകൊണ്ട് എനിക്ക് വരികയുണ്ട് ആ ചെറുപ്പക്കാരൻ ദൈവത്തിന്റെ വചനം കേട്ടു അവനാ കടയിൽ നിന്ന് മാറി വേറെ ഏതോ സ്ഥലത്ത് ജോലി കിട്ടിപ്പോയി പക്ഷേ അവന് തിരുവചനം കേട്ടപ്പോൾ അവനെ ഉള്ളിൽ വെപ്രാളമായി ഈ കൊസ്റ്റൻ അടുക്കൽ വന്നു ഈ ചെറുപ്പക്കാരന്റെ അടുക്കൽ വന്നു എന്നോട് പറഞ്ഞു സാറേ എനിക്കൊരു അബദ്ധം വെച്ചി ഇന്നലെ വചനം കേട്ടപ്പോഴാണ് കുറ്റബോധമുണ്ടായത് ഞാൻ ജോലി ചെയ്ത കടയിൽ നിന്ന് ഞാൻ കുറച്ച് രൂപ അവഹരിച്ചു കണക്കിൽ കൃത്രിമം കാണിച്ചു കുറച്ച് കള്ളക്കണക്കെഴുതി കുറച്ച് രൂപ അതിന്റെ കൈയിലുണ്ട് എത്രയെന്ന് കൃത്യം എനിക്ക് അറിഞ്ഞുകൂടാ ഏതാണ്ട് ഇത്രയും രൂപയായിരിക്കും ഒരു തുകയെന്നോട് പറഞ്ഞു ആ തുക എന്താണെന്ന് ഇപ്പോൾ എനിക്ക് ഓർമ്മയില്ല സാറേ ഞാൻ എന്തു വേണ്ടു ഞാൻ അദ്ദേഹത്തിനെ കൊണ്ടുപോയി കൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എനിക്ക് മാപ്പ് ചോദിക്കണമെന്നുണ്ട് ആ കറ നിന്ന് മാറ്റണമെന്നുണ്ട് പി സാജന്റെ ആ സ്വാധീനം നിന്ന് മാറി എനിക്ക് സമാധാനം കിട്ടണമെന്നുണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു മോനെ നീ സംശയിക്കേണ്ട നീ അത് കൊണ്ടുപോയി കൊടുത്തേ വച്ചു നീ മാപ്പ് ചോദിച്ചേ വച്ചു പെട്ടെന്ന് ഞാൻ ചോദിച്ചു കുഞ്ഞെ അദ്ദേഹം എങ്ങനെയുള്ള സ്വഭാവക്കാരനാണ് അദ്ദേഹം വല്ലാതെ ദേഷ്യപ്പെടുവാനോ ചെയ്യോ നിന്നെ വല്ല അടിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യോ അദ്ദേഹം ഒത്തിരി ശുണ്ഠി ഉള്ള ആളാണ് ഒത്തിരി ഗൌരവക്കാരനാണ് ചിലപ്പോൾ എന്തെങ്കിലും ചെയ്തെന്ന് വരും അല്ല പോലെ നിന്നെ വല്ല പോലീസിലെ ഏൽപ്പിക്കുവാനോ ചെയ്യോ അതും എനിക്കറിയാൻ പാടില്ല ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യുക ഞാൻ ഈ പറയുന്ന അനുസരിക്കേ ഒരു ഇരുപത്തൊന്ന് ദിവസം നീയെ പ്രാർത്ഥിക്കുക പറ്റുമെങ്കിലും ഇങ്ങനെ കഴിവുള്ളതുപോലെ ഉപവാസത്തോടെ പ്രാർത്ഥിക്കുക ഭർത്താവെ ഈ ബന്ധനം ഇനി ക്രമതരണമേ എന്ന് പ്രാർത്ഥിക്കുക ഈ മാലിന്യം എന്ന ഒഴിവാക്കാൻ ഈ ക്രമതരണമേയെന്ന് പ്രാർത്ഥിക്കുക ദൈവത്തിന് സ്തോത്രം അത്രയും ദിവസം കഴിഞ്ഞ് അവൻ വന്നു വീണ്ടിനടുത്ത് വന്നു ഞാനും എന്റെ നിസ്സാരതയില് അവനുവേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു പ്രിയപ്പെട്ടവരെ സംഭവിച്ചത് എന്താണെന്ന് കേൾക്കണമോ ആ ചെറുപ്പക്കാരൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു മോനെ നീ കൊണ്ടുപോയി കൊടുത്തോ നീ കൊണ്ടുപോയി കൊടുക്ക് വരി വിനയപൂർവ്വം വേണം സംസാരിക്കാൻ അവളുടെ താഴ്മയോട് സംസാരിച്ച് മാപ്പി ഓദിക്കണം ഒരു ന്യായവും പറയരുത് ഒരു കാരണവും പറയണ്ട ഒരു ന്യായീകരണവും വേണ്ട എളിമയോട് തെറ്റി സംബന്ധിച്ചുകൊണ്ട് അദ്ദേഹത്തോട് അദ്ദേഹത്തോട് പൂർണ്ണമായി മാപ്പിയോദിക്ക് ദൈവത്തിന്റെ സ്തോത്രം വൈകുന്നേരം ആയപ്പോഴേക്കും വന്നു മന്മുഖം നല്ല തെളിഞ്ഞ് നല്ല പ്രസന്നം ആ വസനടോ നല്ല പ്രസന്നം സാറേ ദൈവം കൂടി ഇരുന്നു ഭാഗ്യമായി പോയി എന്താ എങ്ങനെയാ വിവരങ്ങൾ കേട്ടെ അവൻ പറഞ്ഞു ഞാൻ ചെന്നപ്പോൾ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു സെഡിനോട് പറഞ്ഞു ഒന്ന് ഒന്ന് മുകളിലോട്ട് വരാമോ അവരുടെ ഗോഡൌൺ മുകളിലുണ്ട് ഒന്ന് മുകളിലോട്ട് വരാമോ അദ്ദേഹം വന്നു എന്നെ വലിയ സ്നേഹമാണ് അദ്ദേഹത്തിന് അതുകൊണ്ട് അദ്ദേഹം വന്നു അവിടെ ചെന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് അദ്ദേഹത്തെ കാൽക്കൽ ഞാൻ അങ്ങോട്ട് വീണു കാൽക്കൽ വീണ് മുട്ടുകുത്തി എന്നിട്ട് പറഞ്ഞു എന്നോട് ക്ഷമിക്കണം അദ്ദേഹം അത്ഭുതപ്പെട്ടു എന്താ എന്താ മതി എന്താ കാര്യം സേട്ടു എന്നോട് ക്ഷമിക്കണം എനിക്ക് ഒരബദ്ധം പറ്റി ഞാൻ കള്ളക്കണക്കെഴുതി ഞാൻ കുറച്ച് രൂപ അന്യായമായിട്ട് ഇവിടുന്നെടുത്തു ഞാൻ രൂപ കൊണ്ടുവന്നിട്ടുണ്ട് ആ രൂപ തരാൻ വന്നതാണ് എനിക്ക് അബദ്ധം പറ്റി എനിക്ക് ക്ഷമിച്ചു തരണം നിനക്കിങ്ങനെ തോന്നാൻ എന്താ കാരണം എനിക്കിങ്ങനെ തോന്നാൻ കാരണം എന്റെ ആത്മാവിന്റെ കാര്യം ഓർത്തിട്ടാണ് ഞാൻ ഇന്ന് മരിച്ചുപോയാൽ ഞാൻ ദേവരായത്തിൽ പോകണം നീ ഞാൻ മരിച്ചു പോയാൽ ദേവരായത്തിൽ പോകുന്നതിന് തടസ്സമായിരിക്കും ഇത് ഇത് എന്റേതല്ലാത്ത രൂപ എന്റെ കയ്യിലിരുന്ന തടസ്സമാണ് അതുകൊണ്ട് എനിക്ക് ദേവരായത്തിൽ പോകാനുള്ള ആഗ്രഹം കൊണ്ടാണ് എനിക്ക് അങ് ഇത് സ്വീകരിച്ചിട്ട് എനിക്ക് എനിക്ക് ഒരു സമാധാനത്തോടെ തന്നെ പറഞ്ഞുവിടണം അദ്ദേഹം പറഞ്ഞു മോനെ നീ ഇത്രനാളോട് ജോലി ചെയ്തതല്ലേ ഈ രൂപ നിനക്ക് തന്നെ ഇരിക്കട്ടെ അയ്യോ അങ്ങനെ പറയല്ലേ എനിക്കൊരു സമാധാനം കിട്ടാനാണ് അദ്ദേഹം വാങ്ങിച്ചു അദ്ദേഹം ആ രൂപ വാങ്ങിച്ചിട്ട് അദ്ദേഹം ആ രൂപ അവന്റെ കയ്യിലേക്ക് കൊടുത്തു ഞാൻ നിനക്ക് തരുന്ന ഗിഫ്റ്റാണ് നിനക്ക് തരുന്ന ഗിഫ്റ്റാണ് ഞാൻ വാങ്ങിച്ചല്ലോ ഇനി ഞാൻ നിനക്ക് തരുന്നതാണ് നിനക്ക് നന്നായി വരും നിനക്ക് ഈ ചിന്ത വന്നത് നന്നായി മോനെ നിനക്ക് നല്ല ഭാവിയുണ്ട് അനുഗ്രഹിച്ച് പറഞ്ഞു വിട്ടു ദൈവത്തിന് സ്തുതി സഹോദരങ്ങളെ ഈ കൂട്ടായ്മയിൽ നടക്കുന്നത് ഇതൊക്കെയാണ് നടക്കുന്നത് നിങ്ങൾ വിശ്വസ്തമായി സത്യസന്ധമായി ഒരൽപം പോലും മായമില്ലാതെ ഇങ്ങനെ ഏതെങ്കിലും വസ്തുവകകളോ ഏതെങ്കിലും സാധനങ്ങളോ ഏതെങ്കിലും രൂപയോ ഇങ്ങനെ കൊണ്ടുപോയി മാപ്പ് ചോദിച്ചവര് ആരെല്ലാം ഉണ്ട് അവരൊന്നും എഴുന്നേരി നിൽക്കാമോ ജനമൊന്ന് കാണട്ടെ അവർ സാക്ഷ്യമാകട്ടെ ദൈവത്തിന്റെ സ്തോത്രം ദൈവത്തിന്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ കൊണ്ടുപോയിക്കൊടുത്ത് മാപ്പ് ചോദിച്ചവർ എന്റെ ദൈവത്തിന് സ്തുതി ദൈവത്തിന്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ദൈവമക്കളെ നിങ്ങൾ ഭാഗ്യശാലികളെന്ന് ഞാൻ പറയും ആ ബന്ധനം അഴിഞ്ഞല്ലോ ആ കെട്ടു പൊട്ടിയല്ലോ ആ മാരകമായ മാരണം മാറിയല്ലോ ആ ദുരാത്മാക്കൾ മാറിയല്ലോ ചെറുകുറുക്കന്മാരെ പിടിച്ചു കൊന്നല്ലോ പ്രിയപ്പെട്ടവരെ മുന്തിരിത്തോട്ടം നശിപ്പിക്കുന്ന മുന്തിന് വെള്ളി ചെറുറുക്കന്മാരെ പിടിച്ചു നശിപ്പിക്കാൻ തോന്നിയല്ലോ നിങ്ങൾ ഭാഗ്യശാലികൾ ദൈവത്തിന് സ്തോത്രം ദൈവജനമേ ഇന്ന് രാത്രി ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ ബഹുമാന്യ സഹോദരി സഹോദരന്മാരെ യേശുക്രിസ്തു പ്രവർത്തിക്കുന്ന എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ സമൂഹത്തിൽ ചലനം ഉണ്ടാക്കുകയല്ലയോ സമൂഹത്തിൽ വിപ്ലവം ഉണ്ടാക്കുകയല്ലയോ ആന്തരിക വിപ്ലവമാണിത് മാനസിക വിപ്ലവമാണിത് മാനസികമായ മാറ്റമാണിത് മാനസിക പരിവർത്തനമാണിത് മനുഷ്യനെ നന്നാക്കുകയാണ് മനുഷ്യന്റെ സ്വഭാവം മാറ്റുകയാണ് തെറ്റുപറ്റിയത് ഏറ്റുപറയുകയോ മനസ് തോന്നിക്കുകയാണ് തെറ്റുപറ്റിയത് മാപ്പി ചോദിക്കാൻ മനസ്സ് തോന്നിക്കുകയാണ് ക്ഷമ ചോദിക്കാൻ മനസ്സ് തോന്നിക്കുകയാണ് ദൈവത്തിന്റെ വലിയ നാമമഹത്തുപെടട്ടെ എല്ലാവരും ദൈവമായിട്ടിരിക്കുക ഇപ്പോൾ സാജു മാത്രം മുന്നോട്ട് വരിക ദൈവത്തിന്റെ സ്തോത്രം ഇവിടെ പാട്ടുപാടുന്ന ഗായക സംഘത്തിലെ സാജു വന്ന് രണ്ടു വാക്ക് നിങ്ങളോട് പറയും സാജു എങ്ങനെയൊക്കെയാണ് ആ ചെയ്തതെന്നും സാജു ചെയ്ത കാര്യങ്ങൾ എന്തെല്ലാമാണെന്നും ഇപ്പോൾ പറയും സാജു കോതമംഗലം കോളേജില് ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് ചെയ്തതെന്ന് ദൈവദിന സ്ത്രോത്രമാണ് ഞാന് കോതമംഗലം കോളേജിൽ കോളേജ് കോതമംഗലത്ത് വർഷം ഡിഗ്രിക്ക് പഠിച്ച കാലത്ത് ഞാൻ എന്റെ മാതാപിതാക്കളോട് നുണ ഞാൻ പഠിക്കുവാൻ വ്യാജേന അവിടെ ഒരു ലോഡ്ജിൽ മുറിയെടുത്ത് താമസിച്ചു എന്റെ ലക്ഷ്യം പഠനമല്ലായിരുന്നു എന്റെ കൂട്ടുകാരോടൊത്ത് ഞാൻ പകൽ സമയങ്ങളിൽ ക്ലാസ് കെട്ടിയത് റൂമിൽ കിടന്നുറങ്ങുകയും രാത്രി പന്ത്രണ്ട് മണി വരെയും ഫസ്റ്റ് ഷോയും സെക്കൻഡ് ഷോയും കണ്ടതിന് ശേഷം കോതോങ്കൽ പ്രദേശത്തുള്ള അനേകം അനേകം വീടുകളിൽ കയറിയിറങ്ങുകയും ചെയ്യുമായിരുന്നു എന്റെ കൂടെ അതിന് കരുത്തുട്ടതായി അനേകം യൌവനക്കാരായി കൂട്ടുകാരുമെന്നുണ്ടായിരുന്നു പാപം ചെയ്യുന്ന ഒരു ഹരമായിരുന്നു പ്രിയപ്പെട്ടവരെ കോതങ്കൽ എഞ്ചിനീയറിംഗ് കോളേജിന്റെ ആ ക്യാമ്പസിൽ കയറി ഞാൻ കരിക്കിട്ടിട്ടുണ്ട് അതിന് കോതോങ്കൽ പ്രദേശത്തുള്ള അനേകം വീടുകളുടെ പറമ്പിൽ കയറി കരിക്കടുകയും തേങ്ങ മോഷ്ടിക്കുകയും വാഴക്കൊല്ല വെട്ടിക്കൊണ്ടുപോരുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല അനേകരെ വീടിൽ കയറി കോഴി മോഷ്ടിച്ച് അത് റൂമിൽ കൊണ്ടുവച്ച് പാകപ്പെടുത്തി കൂട്ടുകാരോടൊത്ത് മേളിച്ച് രസിച്ചിട്ടുണ്ട് എന്നാൽ പ്രിയപ്പെട്ടവരെ ഭാഗ്യവശാൽ ഞാൻ ഈ ക്രിസ്ത്യൻ റവേലെ ഫ്ലോഷിപ്പിൽ കടന്നുവന്ന് ജീവനുള്ള ദൈവത്തിന്റെ വചനം കേട്ടു ബഹുമാനപ്പെട്ട യോനനുസാരണ നാവിലൂടെ സഹായിക്കുവെന്ന മാനസാന്തരത്തെക്കുറിച്ച് കേട്ടു എന്റെ കർത്താവ് എനിക്ക് കുറ്റബോധം തന്നു എനിക്ക് പാപബോധം തന്നു വന്ന് ഞാൻ മോഷിച്ച സാധനങ്ങളെല്ലാം എന്റെ കൺമുമ്പിൽ തെളിഞ്ഞു വന്നു ഞാൻ പ്രിയപ്പെട്ട ദേവദാസിന്റെ അടുക്കിൽ ചെന്ന് ഞാനിതെല്ലാം ഷെയർ ചെയ്തു പ്രിയപ്പെട്ടവരെ ദേവദാസൻ എന്നോട് പറഞ്ഞു എല്ലാം കൊടുത്തു തീർത്തുള്ളുവാൻ മോഷ്ടിച്ചതായി ഓരോ വീട്ടിലും യറിയിറങ്ങിക്കൊള്ളുവാൻ ഞാൻ മൂന്ന് പകൽക്കാലം മുഴുവൻ എന്റെ സ്വന്തം ബൈക്കോടിച്ച് അനേകമനേകം വീടുകളിൽ കയറിയിറങ്ങി പ്രിയപ്പെട്ടവരെ മോഷ്ടിച്ചതിന് ഇരട്ടിയായി മൂന്നിരട്ടിയായി തിരികെ കൊടുക്കാൻ എന്റെ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു പ്രിയപ്പെട്ടവരെ അന്ന് ജീവുള്ള ദൈവം ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും തന്നു ഈ കൂട്ടായ്മയിൽ കടന്നു വന്നതുകൊണ്ട് എന്റെ വലിയ ബന്ധനം അഴിഞ്ഞു പ്രിയരെ ഞാൻ സമാധാനത്തോടെ ജീവിക്കുന്നു ഒരു പത്ത് പൈസ മനസ്സറിഞ്ഞ് പിശാചനാവകാശമുള്ള ഒരു പത്ത് പൈസ പോലും കയ്യിൽ വരരുതെന്നുള്ളതായ ഒരു നിഷ്ഠയോടെ എന്റെ ദൈവത്തെ മുഹൂർത്തപ്പെടുത്തിക്കൊണ്ട് ഞാൻ ജീവിക്കുന്നു ദൈവത്തിന്റെ നാമ മുഹൂത്വം എടുക്കട്ടെ ദൈവത്തിനും സ്തോത്രം പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആരൊക്കെങ്കിലും തോന്നിയോ ഇത് യോഹനാൻ സാറ് സഹാജുവിനോട് നേരത്തെ പറഞ്ഞൊക്കെ അറേഞ്ച് ചെയ്തതായിരുന്നു എന്ന് അങ്ങനെ തോന്നിയോ ഇല്ല പ്രിയരേ ഇല്ല ഇതൊന്നും പറയാൻ വിചാരിച്ചിരുന്നതേയല്ല ഞാൻ ഉത്തമഗീത പുസ്തകത്തെക്കുറിച്ചൊരു ഒരു ധ്യാനാത്മക പഠനം നടത്താനാണ് തുടങ്ങിയത് അപ്പോൾ കർത്താവിന്റെ ആത്മ ഇങ്ങനെയൊക്കെ നയിച്ചുകൊണ്ട് പോയതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞതാണ് ദൈവത്തിന്റെ സ്തോത്രം ഞാൻ സാജുവിന്റെ കാര്യം ചിന്തിച്ചേയില്ലായിരുന്നു ദൈവത്തിന്റെ വലിയ നാമം ബഹുത്തപ്പെടട്ടെ ഇങ്ങനെ ചിലരെ എഴുന്നേൽപ്പിക്കാൻ ചിന്തിച്ചേ ഇല്ലായിരുന്നു നിങ്ങൾ പറയട്ടെ ഇതെല്ലാം നിവർത്തിക്കുന്ന ഒരത്ഭുത വ്യക്തി നിങ്ങളുടെ ഇടയിലൂടെ നടക്കുന്നുണ്ട് നിങ്ങൾ വിശ്വസിക്കൂ എല്ലാം നിവർത്തിക്കുന്ന ഒരു പരാശക്തി നടക്കുന്നുണ്ട് ഒരു സത്യസനാതന നിത്യസ്വരൂപൻ നടക്കുന്നുണ്ട് ദൈവത്തിന് സ്തോത്രം അവന്റെ പേരെത്രേ കർത്താവായ യേശുക്രിസ്തു യേശുക്രിസ്തുവിന്റെ ഇടയിലൂടെ സഞ്ചരിക്കുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഈ സാജു ഉണ്ടല്ലോ ഇന്ന് സാജുവിനും സാലിക്കും രണ്ടുപേർക്കും വേറെ പേര് വണ്ടി ഓടിച്ചുകൊണ്ട് പോരാൻ അവരുടെ ജോലിക്ക് പോരാൻ അതിനെ രണ്ട് കാറുകളുണ്ട് എന്റെ ദൈവത്തിന്റെ സ്തോത്രം ദൈവത്തിന്റെ വലിയ നാമം വഹുത്തുപെടട്ടെ കാറിന്റെ മേന്മ പറയാനല്ല എന്നാൽ വേറൊരു കാര്യം പറയാനാണ് ഇവരുടെ അപ്പനും അമ്മയും കൂലുവേലക്കാരായിരുന്നു ദൈവത്തിന്റെ സ്തോത്രം അപ്പനും അമ്മയും കൂലുവേലക്കാരായിരുന്നു അപ്പന് ഭ്രാന്തുണ്ടായിരുന്നു സ്തോത്രം ചികിത്സിച്ചിട്ട് മാറിയില്ല തൃശൂർ മെന്റൽ ഹോസ്പിറ്റലിലെ ഭ്രാന്താശുപത്രി ചികിത്സിച്ചതാണ് മാറിയില്ല ഈ കറണ്ട് അടുപ്പിക്കൊക്കെ ചെയ്തതാണ് മാറിയില്ല ദൈവത്തിന്റെ സ്തോത്രം അപ്പനൊരിക്കൽ ഈ കൂട്ടായ്മയിൽ ഒന്നും അതിനും കേട്ടേ ഉള്ളൂ അന്ന് അത് പിന്നെ ഗുളിയൊന്നും കഴിച്ചില്ല നല്ലപോലെ ഉറങ്ങും ഒരു കുഴപ്പവും ഇല്ല കുര്യാക്കോസ് എവിടെയെങ്കിലും കണ്ടോ എന്ന് എഴുന്നിട്ട് നിൽക്കാമോ എവിടെയാണ് കുര്യാക്കോസ് കുര്യാക്കോസ് എവിടെ കണ്ട് കണ്ടല്ലോ ഞാൻ ദൈവത്തിന് സ്തോത്രം എവിടെയാ ആ കുറകയിലുണ്ട് ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവരെ ആറൂർ മേലിരിപ്പള്ളിയുടെ അടുത്താണ് വീട് സഹോദരങ്ങളെ കുര്യാക്കോസ് സുബോഹത്തോടെ വന്ന് വചനം കേൾക്കുന്നു കുര്യാക്കോസിന്റെ ഭാര്യയെ ഇന്ന് ആത്മഹത്യ ചെയ്യാനൊരുങ്ങിയവരുടെ കൂട്ടത്തിൽ എഴുന്നേറ്റ് നിന്നു ഇന്നോ മറ്റോ ആത്മഹത്യ ചെയ്യാനൊരുങ്ങിയതാണ് എലിയമ്മ പ്രിയപ്പെട്ടവര് ഈ കു ഈ കൂട്ടായ്മയിൽ വന്നു വചനം കേട്ടതുകൊണ്ട് ആ കുടുംബം യേശുവിനെ കൈക്കൊണ്ടു തന്മൂലം യേശുരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തി യഹോ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോവ് സന്തോഷിക്കുകയും ഇസ്രാഹേൽ ആനന്ദിക്കുകയും ചെയ്യും നിങ്ങളുടെ സ്ഥിതി മാറാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ പ്രിയരെ സ്ഥിതി മാറ്റിത്തരുന്നൊരു ദൈവമുണ്ട് ദൈവത്തിന് സ്തോത്രം ചെറുകുറുക്കന്മാരെ പിടിച്ചുകൊടുത്താൽ മുന്തിരി വെള്ളി കേട്ടോ നല്ല ഫലമുണ്ടാകും നല്ല സമൃദ്ധിയുണ്ടാകും ചെറുകുറുക്കന്മാരൊക്കെ പിടിച്ചുകൊല് പ്രിയപ്പെട്ടവരെ മാളങ്ങളിൽ പതിയിരിക്കുന്ന ചെറുകുറുക്കന്മാരുണ്ട് ആകാശത്തിലെ പർവജാതിക്ക് കൂടുണ്ട് കുറുനിരിക്ക് കുഴിയുണ്ട് മനുഷ്യപുത്രനോ തലയായിപ്പനിടമില്ല ഏ യേശുവിനമില്ല അവൻ വന്നത് എങ്ങനെയാണ് നല്ല സമർപ്പണത്തോടെയാണ് വന്നത് അവൻ വന്നത് ഞാൻ നീ എവിടെ പോയാൽ നിന്റെ പിന്നാലെ വരാമെന്നാണ് പറഞ്ഞത് ഗുരു നീ എവിടെ പോയാൽ ഞാൻ പിന്നാലെ വരാമെന്ന് പറഞ്ഞു വന്നു പക്ഷേ അവൻ വന്നത് നല്ല വാക്കോടുകൂടിയാണ് നല്ല സമർപ്പണമുണ്ട് എന്നെ തന്നെ സന്നിധിയിൽ കാഴ്ചയണപ്പാരൻ എന്ന് സുന്ദരമായി മുധുരതരമായി പാടുന്ന ആളുകളുണ്ട് പാടിക്കൊള്ളൂ തെറ്റില്ല എന്നാൽ ആ പാട്ടേ ഉള്ളൂ ഹൃദയത്തിലില്ല പ്രിയപ്പെട്ടവരെ നല്ല സുന്ദരമായ ഗാനങ്ങളുണ്ട് സുറിയാനിയിലും മലയാളത്തിലുമുള്ള പ്രമിയോനുകളും സദറാകളും നല്ല ഗാനങ്ങളും നല്ല ഇമ്പകരമായ ശ്രുതിമധുരമായ ഗീതങ്ങളുമുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഹൃദയത്തിൽ മാത്രമില്ല ദൈവത്തിന് സ്തോത്രം ഹൃദയത്തിൽ വിനയമില്ല ഹൃദയത്തിൽ എളിമയില്ല ഹൃദയത്തിൽ താഴ്മയില്ല ഹൃദയത്തിൽ സൗശീല്യമില്ല ഹൃദയത്തിൽ സൌമ്യതയില്ല എന്റെ പ്രിയപ്പെട്ടവരെ ഹൃദയത്തിൽ എളിമയില്ല ഹൃദയത്തിൽ സ്നേഹമില്ല എന്ന് ഞാൻ വീണ്ടും പറയട്ടെ എവിടെയാണ് ബശക് കൂർന്നിരി പതിയിരിക്കുന്നു കുറുക്കന്മാർ ഹൃദയത്തിൽ പ്രതിയിരിക്കുന്നു സ്നേഹിതരെ പറയട്ടെ ആകാശത്തിലെ പറയുക കൂടുണ്ട് കുറന്നിരിക്കേ കുഴിയുണ്ട് തെലുഡ ഹൃദയത്തിൽ കുറഞ്ഞിരിക്കുള്ള കുഴി അമ്മായി അമ്മപ്പവരാണ് ഞാൻ കുറച്ച് പ്രായോഗികമായിട്ടാണ് പറയുന്നത് അമ്മായി അമ്മപ്പവര് ആ ചെറുപ്പക്കാരൻ നിന്ന് വിങ്ങുകയാണ് ഭാര്യയെ വെറുക്കാമോ പാടില്ലല്ലോ അമ്മയെ ഉപേക്ഷിക്കാമോ പാടില്ലല്ലോ അവൻ ഇടയ്ക്ക് നിന്ന് വിങ്ങും ഇടയ്ക്ക് നിന്ന് തിങ്ങും ഭാര്യയോടെന്താ പറയ അവളെ കുറ്റം പറയാൻ പാടുണ്ടോ അവൾ പാവം അമ്മയോടെന്താ പറയുക അമ്മ പ്രായമായി അമ്മയെ വിഷമിപ്പിക്കാൻ പാടുണ്ടോ പാടില്ല ഈ അമ്മയുടെയും ഭാര്യയുടെ ഇടയ്ക്ക് കിടന്ന് ഞെങ്ങുന്നു അങ്ങനെ മനസ്സിൽ പ്രയാസങ്ങൾ വരുന്നു പ്രഷർ കൂടുന്നു രോഗം വരുന്നു അതിനു പിന്നെ മരുന്നു കഴിക്കുന്നു എന്തിനീ പ്രഷർ കൂട്ടണം ഞാൻ അമ്മായിയമ്മയോട് ചോദിക്കട്ടെ നിങ്ങളുടെ മോന് പ്രഷർ കൂട്ടേണ്ട വല്ല കാര്യമുണ്ടോ ഞാൻ മരുമക്കളോട് ചോദിക്കട്ടെ ഭർത്താവിന് പ്രഷർ കൂട്ടേണ്ട വല്ല കാര്യമുണ്ടോ അങ്ങ് സ്നേഹിച്ചാൽ പോരെ അമ്മായിയമ്മ ഇങ്ങ് സ്നേഹിക്കെ അമ്മ്മായിയമ്മയെ സ്വന്തം അമ്മയെപ്പോലെ ഞാൻ കരുത് നിനക്ക് നല്ലതാണ് നിന്റെ അമ്മായി അമ്മ ഒന്ന് കോപിച്ചാലും പറഞ്ഞാലും അല്ല കുറച്ച് ശപിച്ചാലും വിവരക്കേട് പറഞ്ഞാലും നീ ഗവനിക്കേണ്ട നീ കേട്ടതായിട്ട് ഭാവിക്കേണ്ട നീ വിനയപൂർവ്വം കേട്ടുകൊള്ളൂ നീ അങ്ങ് താണുകൊള്ളൂ സന്തോഷമല്ലേ അങ്ങനെ നിനക്ക് സൗമ്യമായിട്ട് ജീവിക്കാൻ ല്ലോ എന് വഴക്കടിക്കണം എന്തിനുള്ളിൽ ഹൃദയത്തിൽ നീരസം വെച്ചുകൊണ്ടിരിക്കണം എന് കൈപ്പുവച്ചുകൊണ്ടിരിക്കണം അങ്ങ് വിട്ടുവീഴ്ച അങ്ങ് ക്ഷമിച്ചേക്ക് അങ്ങ് പുറത്തേക്ക് സന്തോഷമായി കഴിയാമല്ലോ കുടുംബം ഐശ്വര്യമാകാമല്ലോ സ്നേഹത്തിന്റെ അന്തരീക്ഷം വരട്ടെ സഹോദരങ്ങളെ അനേകം കുടുംബങ്ങളിൽ നിന്ന് നരകമാണ് ഞാൻ പറയട്ടെ അനേകം കുടുംബങ്ങളിൽ നരകമാണ് കാരണം എന്താണ് സ്നേഹമില്ല പരസ്പരം ഐക്യമില്ല പരസ്പര വിദ്വേഷമാണ് പരസ്പരം തൊഴുത്തിൽ കുത്താണ് ഒരു വീട്ടിൽ തന്നെ പരസ്പരം പോരാണ് ഇന്ന് ആരോ സാക്ഷ്യം പറഞ്ഞല്ലോ ആരാണ് പറഞ്ഞത് ആരാണ് പറഞ്ഞല്ലോ സാക്ഷ്യം പറഞ്ഞല്ലോ വീട് വീട്ടിലെ കിടപ്പുമുറി ആ കണ്ണൂരിൽ നിന്ന് മിനി പറഞ്ഞതാണ് വീട്ടിലെ കിടപ്പുമുറി ഒരു കോടതി എന്ന് എന്താണ് രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കിടക്കാൻ ചെന്നാൽ ഭാര്യയും ഭർത്താവും കൂടെ വാഗ്വാദമാണ് തർക്കം എന്തിനാ ആർക്കറിയാം പ്രത്യേക അരിയൊന്നുമില്ല തർക്കമാണ് വാഗ്വാദം പ്രിയപ്പെട്ടവരെ അവസാനം മിനി തീരുമാനിച്ചു ഇത് ഡൈവേഴ്സിൽ കലാശിക്കും ഡൈവേഴ്സ് തന്നെ വിവാഹമോചനം തന്നെ അല്ലാണ്ട് വേറെ പോകുമ്പഴിയൊന്നുമില്ല ഇനി വിനയപ്പെടാൻ തയ്യാറായില്ലായിരുന്നു കാരണം ഡൈവേഴ്സിലേക്ക് പോകാമെന്ന് ഞാൻ കൂടെ പറഞ്ഞോട്ടെ അനേകം അനേകം ഭാര്യാവർത്തകന്മാർ ഡൈവേഴ്സിനെ ചിന്തിക്കുന്നു ആ വാക്ക് നാവിൽ വയരല്ലേ പ്രിയപ്പെട്ടവരെ ഒരു ഭാര്യയോട് ഞാൻ പറയട്ടെ ഭർത്താവിനോട് പറയട്ടെ വിവാഹമോചനം എന്ന് നിങ്ങൾ ചിന്തിക്കല്ലേ വിവാഹമോചനം എന്ന വാക്ക് നിങ്ങളുടെ നാവിൽ വരല്ലേ ഒരിക്കലും ചിന്തിക്കല്ലേ നീ മകളെ നീ സഹിക്കൂ മകനെ നീയെ പൊറുക്കൂ നീ സകലവും ക്ഷമിക്കൂ ഐക്യമായി കഴിയൂ നിങ്ങൾക്ക് സന്തോഷമായി പുലരാമല്ലോ ഐശ്വര്യമായി പുലരാമല്ലോ ദൈവത്തിന് സ്തോത്രം സന്തോഷമായും സമാധാനമായും നിങ്ങൾക്ക് ജീവിക്കാമല്ലോ ഇന്നത്തെ കുടുംബത്തിന്റെ നരകം കുടുംബത്തിൽ ഇന്ന് ഉള്ളതായ നരകത്തിന്റെ ഭീകരതകൾ മാറി നരകത്തിന്റെ ഭയാനകം ആക്രമണങ്ങൾ മാറി നിങ്ങൾക്ക് സ്വർഗ സമാനം സ്നേഹത്തിന്റെ അന്തരീക്ഷം ഊഷ്മളമായ സ്നേഹം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് പുലർത്താമല്ലോ പ്രിയപ്പെട്ടവരെ അത് നിങ്ങൾക്ക് സാധിക്കുമല്ലോ കുടുംബം സ്വർഗമാകട്ടെ കുടുംബസമാധാനം കടന്നു വരട്ടെ ചെറുകുറുക്കന്മാരെ പിടിച്ചു തരുവീൻ ദൈവത്തിന്റെ സ്ത്രോത്രം ചെറുകുറുക്കന്മാർ സ്നേഹരാഹിത്യം സ്നേഹമില്ലായ്മ ഇത് മാത്രവുമല്ല ഇത് മാത്രവുമല്ല വേറെ ചില ചെറുകൂർക്കന്മാരുണ്ട് പതിയിരിക്കുന്ന ചെറുകുറുക്കന്മാര് അതെന്താണെന്നറിയാമോ അപ്പനോടെ ഇഷ്ടക്കുറവ് അപ്പൻ തന്നത് പോരാ എന്റെ എന്റെ ചേട്ടന് കൂടുതൽ കൊടുത്തു എനിക്കൊന്നും തന്നില്ല അല്ല എന്റെ അനിയന് കൂടുതൽ കൊടുത്തു എനിക്കൊന്നും തന്നില്ല എനിക്ക് തരേണ്ടതുപോലെ തന്നില്ല അത് സ്വത്ത് തന്നില്ല എന്നായിരിക്കാം അതല്ലെങ്കിൽ സ്നേഹം തന്നില്ല എന്നായിരിക്കാം എന്നെക്കുറിച്ചൊരു പരിഗണന തന്നില്ലായെന്നായിരിക്കാം ചില അകത്തെ കീറിയിറിപ്പുകൾ അകത്തുള്ള പരിഭവങ്ങൾ അകത്തുള്ള മുൻവിധികൾ സ്വന്തം ധാരണകൾ ശരിയെന്ന് ധരിച്ചുള്ളതായ ചില മുൻവിധികളകത്തിങ്ങനെ വെച്ചുപൂട്ടി പുലർത്തിപ്പോരുകയാണ് പ്രിയപ്പെട്ടവരെ അതെല്ലാം ദൂരാത്മാവ് അവകാശം പറയുന്നതാണ് ശക്തി അവകാശം പറയുന്ന പരിഭവങ്ങളും പുരുകുറുപ്പുകളും കിറുകിറുപ്പുകളും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റിക്കൊള്ളുന്ന നല്ലതാണ് ക്ഷമിക്കാൻ സാധിക്കുന്നില്ല നമ്മളോട് തെറ്റി ചെയ്തവരോട് ക്ഷമിക്കാൻ സാധിക്കുന്നില്ല നമ്മളോട് നമുക്ക് ഉദ്രവം ചെയ്തവരോട് ക്ഷമിക്കാൻ സാധിക്കുന്നില്ല അതൊന്നും ദൈവീകമല്ല അത് പിശാൽ അവകാശം പറയുന്നതാണ് കുറുദിനികൾക്ക് കൂടാണ് നിങ്ങൾ പറയും സാറേ ഞാന് മദ്യപാനം ചെയ്യുന്നില്ല ഞാൻ വ്യഭിചാരം ചെയ്യുന്നില്ല ഞാൻ കൊലപാതകം ചെയ്യുന്നില്ല ഞാൻ കളവോ കവർച്ചയോ കൊള്ളയോ ചെയ്യുന്നില്ല പിന്നെ എനിക്കെന്നാ പാവം സ്നേഹിത നിന്റെ ജീവിതത്തിൽ ഈ പാപങ്ങളെല്ലാം പുറവെയുള്ള പാപങ്ങളാണ് എന്ന അകത്ത് കുറുതിരിയുടെ കുഴിയുണ്ട് ഇന്നും നീ ക്ഷമിക്കാത്ത ചില കാര്യങ്ങൾ കിടപ്പുണ്ട് ഇന്നും വിട്ടുവീഴ്ച ചെയ്യാത്ത ചില കാര്യങ്ങൾ കിടപ്പുണ്ട് പൊറുക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ഇന്റെ അകത്ത് കിടപ്പുണ്ട് നിന്നെ അപകടത്തിലാക്കും എന്നീ അറിഞ്ഞുകൊള്ളുക അപകടത്തിലാക്കും ഞാൻ വായിച്ചു ഒരു ഡോക്ടർ അദ്ദേഹം മധ്യപ്രദേശിലാണ് അദ്ദേഹം അമേരിക്കയിൽ ജോലി കിട്ടിപ്പോയി അമേരിക്കയിൽ ജോലി കിട്ടിപ്പോയി അമേരിക്കയിൽ നല്ല ജോലിയാണ് നല്ല ശമ്പളം അപ്പൊ അതാത് മാസം അദ്ദേഹം നാട്ടിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തിന് ഈ രൂപ അയച്ചു കൊടുക്കും കാരണം സുഹൃത്ത് പറഞ്ഞു അതായത് നിങ്ങൾക്ക് ഈ രൂപ അവിടെ അവിടെ ഡിപ്പോസിറ്റ് അവിടെ നിക്ഷേപിച്ചിട്ട് കാര്യമില്ലല്ലോ എനിക്ക് അയച്ചു തരാണേൽ എന്റെ ബിസിനസ് വളർത്താം ഞാൻ അവസാനം നിങ്ങൾക്ക് പല സമയത്ത് ആ നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ നിങ്ങൾ നാട്ടിലേക്ക് വരുമ്പോൾ രൂപ തന്നാൽ മതിയല്ലോ കുഴപ്പമില്ല വിശ്വസ്തനായ ഒരു സ്നേഹിതനാണ് വളരെ നല്ല മനുഷ്യൻ രൂപ അയച്ചു ഒരു വർഷമല്ല രണ്ടു വർഷമല്ല അഞ്ച് വർഷം കഴിഞ്ഞു അഞ്ച് വർഷം കഴിഞ്ഞ് ഈ ഡോക്ടറെ നാട്ടിലേക്ക് വന്നു ഡോക്ടർ നാട്ടിലേക്ക് വന്ന് നാട്ടിൽ വന്ന് ഈ മനുഷ്യനെ അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തെ വിളിച്ചറിയിച്ചിരുന്നു വരുന്ന സമയം അറിയിച്ചിരുന്നു എയർപോർട്ടിൽ വന്നില്ല വീട്ടിൽ വന്നു വന്നില്ല ഈ മനുഷ്യനെ കാണാൻ ചെന്നു രൂപ വാങ്ങിച്ചയാളെ കാണാൻ ചെന്നു അദ്ദേഹം മാറിക്കളഞ്ഞു അഞ്ചു കൊല്ലത്തെ ഡോക്ടറെ സമ്പാദ്യം മുഴുവനുമാണ് അഞ്ചു കൊല്ലത്തെ സമ്പാദ്യം മുഴുവനും അദ്ദേഹം മാറിക്കളഞ്ഞു ഡോക്ടർക്ക് വലിയ പ്രയാസമായി പരിഭ്രമമായി ഇത്രയും നാളത്തെ കഷ്ടപ്പാട് കൊണ്ട് കിട്ടിയ രൂപം മുഴുവൻ നഷ്ടപ്പെട്ടല്ലോ ഇനി എന്താ ചെയ്യാ ചോദിച്ചു വാങ്ങാൻ പ്രത്യേകിച്ച് കാരണം തെളിവൊന്നുമില്ല കൊടുത്തതായി തെളിവൊന്നുമില്ല അപ്പോൾ അയച്ചു കൊടുത്തുകൊണ്ടിരുന്നതാണ് ഡോക്ടർ വളരെ വിഷമിച്ചു ഈ മനസ്സിങ്ങനെ നീറിനീറി പൊകഞ്ഞ് ഡോക്ടർക്ക് അസഹ്യമായ വയറുവേദന തുടങ്ങി അസഹ്യമായ വയർ വേദന ഡോക്ടർ ആയതുകൊണ്ട് അതായത് നിറയെ വയർ വേദന വന്നാൽ എന്താ മരുന്നും അതിനിപ്പോൾ ഈ എന്താ ആസിഡിറ്റിക്കുള്ള മരുന്നൊക്കെ കഴിച്ചു അപ്പോൾ നെഞ്ചരിച്ചിലൊക്കെ കുറച്ച് കുറഞ്ഞു തൽപ്പനരത്തേക്ക് പിന്നെ വീണ്ടും കൂടി പിന്നെ പിന്നെ വയറുവേദന വർധിച്ചു വളരെ വർദ്ധിച്ചു അപ്പോൾ ഡോക്ടർ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു ഡോക്ടറെ കുറെ മരുന്നുകളൊക്കെ ചെയ്തു പക്ഷെ രോഗം മാറുന്നില്ല ആ ഡോക്ടർ പറഞ്ഞു നിങ്ങളുടെ ഡോക്ടറാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമല്ലോ ഇത് കൂടുതൽ മാരകമായ രോഗമാകാൻ പോവുകയാണ് വളരെ അപകടകരമായ അപായകരമായ രോഗമാകാൻ പോവുകയാണ് നല്ല നല്ല ശ്രദ്ധയോടെ ചികിത്സിക്കണം അങ്ങനെ ഇരിക്കെ ഡോക്ടർ സ്റ്റാൻലി ജോൺസ് അവിടെ ഒരു സുവിശേഷ പ്രസംഗത്തിന് ചെന്നു ഈ ഡോക്ടർ ഈ രോഗിയായ ഡോക്ടർ രൂപ കിട്ടേണ്ട ഡോക്ടർ അദ്ദേഹമായ സ്റ്റാൻലി ജോൺസിന്റെ പ്രസംഗം കേൾക്കാൻ ചെന്നു സ്റ്റാൻലി വോൾസിന്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഉള്ളിൽ തൊട്ടു പ്രസംഗം കഴിഞ്ഞിട്ട് ഈ ഡോക്ടർ സ്റ്റാൻലി ജോൺസിനോട് എനിക്ക് സംസാരിക്കാൻ അവസരം തരാമോ എന്ന് ചോദിച്ചു വരാമല്ലോ അദ്ദേഹം ക്ഷീണിതരാണെങ്കിലും അവിടെ ഇരുന്ന് ഈ ഡോക്ടറോട് സംസാരിച്ചു സ്റ്റാൻഡിയോൺ സംസാരിച്ചു സുവിശേഷം സംസാരിച്ചു ഉള്ളു തുറന്ന് കാര്യങ്ങൾ പറഞ്ഞു എനിക്ക് ഈ രോഗം വരുന്നതിന് അതിന്റെ മുമ്പ് ഇന്നിൻ്റെ കാര്യങ്ങളുണ്ടായി എനിക്ക് ഒരാൾ കുറച്ച് രൂപ തരാനുണ്ട് അത് ഇതുവരെ ഒട്ടും കിട്ടിയില്ല അതിൽ മനസ്സുമില്ലാതെ ഞാൻ എന്തു എനിക്കറിയാൻ പാടില്ല ഇപ്പോൾ എനിക്ക് ഭയങ്കരമായ രോഗമാണ് പിന്നെ സ്റ്റാൻഡിയോൺസ് പറഞ്ഞു നിങ്ങൾക്ക് ആ രൂപ കിട്ടുന്നതാണോ വേണ്ടത് നിങ്ങളുടെ രോഗം മാറുകയാണോ വേണ്ടത് അയ്യോ എനിക്ക് രോഗം മാറണം പിന്നെ രൂപ കിട്ടണമെന്നുണ്ട് അതല്ല നിങ്ങൾക്ക് ആ രൂപ അത് കിട്ടിയില്ലെങ്കിലും അത് വേണ്ട എന്ന് വെക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ ഡോക്ടർ ഓർത്തു പോലെ വളരെ കാലം വെച്ചു പറഞ്ഞു ഞാൻ പറയുന്ന രൂപയുടെ കാര്യമല്ല രൂപയുടെ കാര്യമല്ല രൂപ നിങ്ങൾ കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ആത്മാവിന്റെ കാര്യം ശരിയാക്കണം ഒരു മാരകമായ രോഗം നിങ്ങൾക്ക് വന്നിരിക്കുകയാണ് ഈ രോഗം നിങ്ങളിൽ മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവിൽ സൌഖ്യം കിട്ടണം നിങ്ങളുടെ ഹൃദയത്തിലെ വൈരാഗ്യം നിങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഹൃദയത്തിലെ ടെൻഷനും വൈരാഗ്യവും നിങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മാരകമായ രോഗം നിങ്ങൾക്ക് വന്നിരിക്കുകയാണ് നിങ്ങൾ അതിവേഗം ആ മനുഷ്യനോട് സമ്പൂർണമായി ക്ഷമിക്കുക നിങ്ങളുടെ ശരീരത്തിന്റെ രോഗം മാറും ആത്മാവിന് സൌഖ്യം കിട്ടും നിത്യജീവിന്റെ അവകാശം കിട്ടും ഈ മനുഷ്യൻ കുറച്ചു നേരം ഞാൻ തീരുമാനിക്കുന്നു എനിക്കതിൽ ഒരു പത്ത് പൈസ പോലെ കിട്ടിയില്ലെങ്കിലും ഞാൻ ഇനിയും എന്റെ ഹൃദയത്തിൽ കൈപ്പൊഴിച്ചുകൊണ്ടിരിക്കുകയല്ല ഞാൻ മനഃപൂർവ്വം ക്ഷമിക്കുന്നു ആ മനുഷ്യനോട് മനഃപൂർവ്വം ക്ഷമിക്കുന്നു പ്രിയപ്പെട്ടവരെ സംഭവിച്ചതെന്ന് കേൾക്കണമോ ഇദ്ദേഹം ആ മനുഷ്യനോട് ക്ഷമിച്ചുകൊണ്ടുള്ള ഒരെഴുത്തെഴുതി ഡോക്ടർ സാന്വേഴ്സ് പറഞ്ഞത് ഒരെഴുത്തെഴുതി സാൻവേഴ്സ് പറഞ്ഞു കൊടുത്തതുപോലെ തന്നെ എഴുത്തെഴുതി ഒരു കവറിലിട്ടു ഇദ്ദേഹം തന്നെ ഡോക്ടർ തന്നെ ആ ക്ഷമിച്ചു എന്നുള്ള ആ എഴുത്ത് അത് പോസ്റ്റ് ബോക്സിൽ ഇട്ട് അടിയിൽ പോസ്റ്റ് ബോക്സിന്റെ അടിയിൽ ചെന്ന് ആ എഴുത്ത് ചെന്ന് മുട്ടിയ ശബ്ദം പുറത്തു കെട്ടും അപ്പോൾ വയുവേദന മാറി ഞാൻ വായിച്ചതാണ് ദൈവത്തിന് സ്തോത്രം ആ എഴുത്ത് പോസ്റ്റ് ബോക്സിന്റെ അടിയിൽ ചെന്ന് മുട്ടിയ ശബ്ദം കേട്ടപ്പോൾ ആ രോഗം മാറി ദൈവത്തിന് സ്തോത്രം ദൈവമക്കളെ നിങ്ങൾ അനേകം പേയുടെ രോഗം മാറും നിങ്ങളുടെ പാവബന്ധനം അഴിഞ്ഞാൽ നിങ്ങളുടെ വൈരാഗ്യം മാറിയാൽ ക്ഷമിക്കാൻ തയ്യാറായാൽ ഭർത്താവിനോട് ക്ഷമിക്കാത്ത ഭാര്യമാരുണ്ട് ഭാര്യവാരോട് ക്ഷമിക്കാത്ത ഭർത്താക്കന്മാരുണ്ട് മക്കളോട് ക്ഷമിക്കാത്ത മാതാപിതാക്കളുണ്ട് മാതാപിതാക്കളോട് ക്ഷമിക്കാത്ത മക്കളുണ്ട് സഹോദരങ്ങൾ സഹോദരങ്ങൾ ക്ഷമിക്കാൻ സാധിക്കാത്തവരുണ്ട് നിങ്ങൾ എന്തിനും രോഗം വെച്ചുകൊണ്ടിരിക്കണം എന്തിന് നിങ്ങൾ രോഗത്തിന് അടിമയായി കഴിയണം എന്തിന് നിങ്ങൾ ആത്മാവ് നശിക്കണം നിങ്ങൾ മരിച്ചാൽ നിത്യനാശത്തിലേക്ക് നഗരത്തിലേക്ക് എന്തിന് പോകണം നിങ്ങൾക്കിന്ന് സൌഖ്യം പ്രാപിക്കരുതോ ദൈവത്തിന്റെ സ്തോത്രം ആകാശത്തിലെ പറവയ്ക്ക് കൂടുണ്ട് കുറുനിരിക്കും മനുഷ്യപുത്രനോ തളിയായ്പനിടമില്ല കുറുതരികെ പിടിച്ചു തരുമോ പ്രിയപ്പെട്ടവരെ കുറുനരിയെ പിടിച്ചു കൊണ്ടുവരുമോ ഇതാകർത്താവേ ഇതാണ് എന്റെ ഹൃദയത്തിൽ പതിയിരിക്കുന്ന കുറുനരി എന്റെ വൈരാഗ്യമാണ് എന്റെ പകയാണ് എന്റെ വിദ്വേഷമാണ് ഞാൻ ക്ഷമിക്കാത്ത എന്റെ സ്വഭാവമാണ് ഇതെന്റെ അകത്തിരിക്കുന്നു എന്റെ ഭർത്താവ് ഞാൻ പുറത്തിട്ടില്ല അദ്ദേഹം ചെയ്ത ആ ദോഷം എന്റെ ദൈവമേ എന്നെ മാനിക്കാതെ അന്യ സ്ത്രീയുടെ ജീവിക്കാൻ പോയ അദ്ദേഹത്തിന് ഭീകരമായ സ്വഭാവം എന്നെ വല്ലാതെ നശിപ്പിച്ചു എന്റെ ഹൃദയത്തെ തകർത്ത് കളഞ്ഞു എനിക്ക് ക്ഷമിക്കാൻ തോന്നുന്നില്ല മകളെ നീ നീ എങ്ങനെ പറയരുത് മകളെ നിന്റെ ജീവിതത്തിൽ നീ ൾ ദൈവത്തോട് പറയൂ എന്റെ കർത്താവെ ഞാൻ മനഃപൂർവ്വം ക്ഷമിക്കുന്നു എന്റെ യേശുവെ ഞാൻ മനഃപൂർവ്വം ക്ഷമിക്കുന്നു ക്ഷമിക്കാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ പൊറുക്കാൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് രോഗസൗഖ്യം കിട്ടും ദൈവത്തിന് സ്തോത്രം നിങ്ങൾക്ക് കേൾക്കണമോ ഞാൻ വായിച്ചത് ഏതാനും നാളുകൾക്കുള്ളിൽ മുഴുവൻ തോഹിയും ഡോക്ടർക്ക് തിരികെ കിട്ടി അതെങ്ങനെ ആ ഡോക്ടറുടെ പാപം കർത്താവ് കൊടുത്തപ്പോൾ പിന്നെ അവിടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങി ആ രൂപ കൊടുക്കാനുള്ള മനുഷ്യന്റെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് ചെന്ന് കുത്തിത്തുടങ്ങി അദ്ദേഹത്തിനുള്ളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു അവിടെ അത്ഭുതം നടന്നു അദ്ദേഹത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമെന്ന് വിചാരിച്ചല്ല ഇദ്ദേഹം ക്ഷമിച്ചത് പക്ഷേ അത് ഉണ്ടായി ദൈവത്തിന്റെ സ്ത്രോത്രം ഇനി നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ എന്റെ കരുണയുള്ള കർത്താവിന്റെ കറവയാൽ ഞാൻ നിങ്ങളോട് ചോദിച്ചോട്ടെ നിങ്ങൾക്ക് ഈ രാത്രി ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ തോന്നുന്നുണ്ടോ ചെറു ഊർക്കന്മാർ എന്ന കർത്താവേ എന്റെ ദൈവമേ ഇന്ന ഭാഗത്ത് ചെറുതൊറുക്കന്മാരുണ്ട് എനിക്കൊന്ന് ക്ഷമിച്ചു തരാമോ കർത്താവെ ആ ചെറു ഓർക്കന്മാരെ ഞാൻ ഉപേക്ഷിക്കുന്നു എന്റെ വൈരാഗ്യത്തെ ഞാൻ ഉപേക്ഷിക്കുന്നു എന്റെ വിദ്വേഷനുപേക്ഷിക്കുന്നു എന്റെ അശുദ്ധ ചിന്തകളെ ഞാൻ ഉപേക്ഷിക്കുന്നു എന്റെ മലിനമോഹങ്ങളെ ഉപേക്ഷിക്കുന്നു എന്റെ അഴുക്കായുള്ള ആഗ്രഹങ്ങളെയുപേക്ഷിക്കുന്നു എന്റെ അശുദ്ധമായ വികാരങ്ങളെയുപേക്ഷിക്കുന്നു എന്റെ കർത്താവെ എന്റെ ചീത്ത ബന്ധങ്ങളിലൂടെ ഞാൻ യാത്ര പറയുന്നു വേണ്ട കർത്താവെ ഇനി മൊബൈൽ ഫോണിൽ കൂടിയുള്ള പ്രേമവിളികളെല്ലാം ഞാൻ വേണ്ട എന്ന് എന്റെ കർത്താവെ മൊബൈൽ ഫോണിൽ കൂടിയുള്ള ലവ്വിംഗ് മെസ്സേജസ് ലവ് മെസ്സേജസ് എല്ലാം ഞാനിതാ ഉപേക്ഷിക്കുന്നു കർത്താവെ ഇനി ടി സീരിയലിലെ അഴുക്ക് പടങ്ങൾ ഞാനിതാ ഉപേക്ഷിക്കുന്നു എന്റെ കർത്താവെ എന്റെ ദൈവം മ്ലേച്ഛമായ ചിത്രങ്ങൾ ഞാൻ ഉപേക്ഷിക്കുന്നു കമ്പ്യൂട്ടറിൽ കടന്ന് എന്ന് ഇന്റർനെറ്റിൽ കടന്ന് അഴുക്ക് പടങ്ങൾ കാണുന്ന എന്റെ ദുഷിച്ച സ്വഭാവത്തെ ഞാനിത് ഉപേക്ഷിക്കുന്നു ആരും കണ്ടിട്ടില്ല കർത്താവെ ഇതെല്ലാം എന്റെ ജീവിതത്തിലെ ചെറു ആകാശത്തിലെ പർവ്വജാതിക്ക് കൂടുണ്ട് കുറുനിരിക്ക് കൊഴിയുണ്ട് മനുഷ്യപുത്രനോ തലയായ്പനിടമില്ല സഹോദരി സഹോദരന്മാരെ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെല്ലാം ചെറുകുറുക്കന്മാർ ഒളിച്ചിരിക്കുന്നത് ഇപ്പോൾ ഞാൻ ചെറുതായി പറഞ്ഞോളൂ ഇനി ഏറെ ഏറെ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനുണ്ട് അത് അടുത്ത ദിവസം തുടർന്ന് നിങ്ങളോട് സംസാരിച്ചുകൊള്ളാം ഇന്ന് നിങ്ങൾ കേൾക്കൂ പ്രിയപ്പെട്ടവരെ ചെറുകുറുക്കന്മാർ നിങ്ങൾ പിടിച്ചു കൊടുക്കുമോ എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾക്ക് കർത്താവിന്റെ അത്ഭുത രോഗ സൗഖ്യം ഇറങ്ങി വരും നിങ്ങളുടെ ആത്മാവിന് സൗഖ്യം കിട്ടും നിങ്ങളുടെ ബന്ധനങ്ങൾ മാറും ദുരാത്മാക്കൾ വിട്ടുപോകും പൈശാചിക സേനകൾ വിഭ്രവിച്ച് മാറും പ്രിയപ്പെട്ടവരെ ദുരാത്മ ഭീതികൾ നിങ്ങളിൽ നിന്ന് മാറും നിങ്ങളുടെ ഭയപ്പാടുകൾ മാറും ഭീതികൾ നിന്ന് മാറും ഇന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല മോനേന്ദനക്ക് ഉറങ്ങാൻ പറ്റുന്നില്ലോ മോളെ ഒരു കാലത്ത് ചെയ്തു തെറ്റുകൾ നിന്നെ വേട്ടയാടുന്നതുകൊണ്ട് ഉറക്കം പോയിരിക്കുകയാണല്ലോ ോ ഫീനെ അയ്യോ നാളെ എന്ത് എന്നുള്ള ആംഗം ചെയ്യുന്നല്ലോ എന്നാൽ ദൈവത്മാനോട് പറയുന്നു ഇന്ന് രാത്രി നീ ചെറു കുറുക്കന്മാരെ പിടിച്ചു കൊടുക്കുമെങ്കിൽ അത് കൈകാര്യം ചെയ്തുകൊള്ളും ശക്തിയെ ഉച്ചാടനം ചെയ്തുകൊള്ളും ദൂരീകരിച്ചുകൊള്ളും അധികാരമുള്ള ദൈവോത്രൻ ഇന്ന് രാത്രി നിങ്ങളുടെ ഉള്ളിൽ പതിയിരിക്കുന്ന ദുഷ്ടാത്മസേനയെ അവിടെ നിന്ന് ഇളക്കി പുറത്തു കളയും പ്രിയപ്പെട്ടവരെ നിങ്ങളെ യുവത്തോട് പറയുമോ യേശുവേ യേശുവേ ഇന്ന് രാത്രി നിന്റെ കരം എന്നെ ഞാൻ എന്റെ ജീവിതത്തിലെ പാവങ്ങളോട് യാത്ര പറയുന്നു വലിയ പാവങ്ങൾ ഞാൻ കരുതിയതല്ല അതെല്ലാം ഞാൻ വിട്ടു എന്റെ കർത്താവേ എന്നാൽ ഇന്നും ചെറിയ പാവങ്ങൾ ഞാൻ കരുതിയത് എന്റെ ജീവിതത്തിലുണ്ട് കർത്താവേ ചീത്ത ചിന്തകൾ അശുദ്ധ മോഹങ്ങൾ മലിനവികാരങ്ങൾ നോട്ടത്തിലെ അശുദ്ധികൾ ആഗ്രഹത്തിലെ അശുദ്ധികൾ ചിന്തയിലെ അശുദ്ധികൾ എന്റെ കർത്താവേ സംസാരത്തിലെ സംസാരങ്ങൾ എന്റെ ദാഥ ോട് ഞാൻ ഇതാ യാത്ര പറയുന്നു യേശുവേ എന്നെ വിണമേയ ഹാലൂയ ഹാലൂയ നിങ്ങൾ ആരെല്ലാം ഇപ്പോൾ കർത്താവോട് പറയുന്നുണ്ട് എല്ലാവരും നീർന്നിരുന്നേ എല്ലാവരും നീർന്നിരുന്നേ അനുഗ്രഹിക്കപ്പെടുന്ന ശുശ്രൂഷ കർത്താവ് ഇപ്പോൾ നിവർത്തിക്കട്ടെ ദൈവത്തിന്റെ സ്ത്രോത്രം അത്ഭുതകരമായ ഒരു കർത്താവ് ഇപ്പോൾ നിവർത്തിക്കട്ടെ ആരെല്ലാം ചെറുക്കന്മാരെ ആരെല്ലാം ചെറൂർക്കുമാരെ പിടിക്കുന്നു എന്റെ കർത്താവിന് സ്തോത്രം നിങ്ങൾ ഇപ്പോൾ ചില തീരുമാനങ്ങൾ പുതിയ തീരുമാനങ്ങൾ നിങ്ങളുടെ പലരുടെയും ഹൃദയത്തിൽ വന്നിട്ടുണ്ട് ചില പാവങ്ങളോട് യാത്ര പറയാൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ചില കാര്യങ്ങൾ തിരുത്താൻ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ആരെല്ലാം തീരുമാനിച്ചു ആരും കൈവൊക്കേണ്ട ദൈവത്തിന്റെ സ്തോത്രം ആരും കൈപൊക്കേണ്ട നിങ്ങൾ നിവർന്നിരുന്ന് കേട്ടാൽ മതി എന്റെ സഹോദരി സഹോദരങ്ങളെ ചെറു ഊർക്കന്മാരെ പിടിച്ചു എന്തിനാ എന്റെ മുന്തിരി തോട്ടം നശിപ്പിക്കുന്ന ചെറുവർക്കന്മാർ മുന്തിരി വെള്ളി പോത്തിരിക്കുകയാണ് അയ്യോ മല നല്ല ഫലസമൃദ്ധി കിട്ടേണ്ടതാണ് ധാരാളം മുന്തിരി ഞാൻ കായ്ക്കാനുള്ളതാണ് ഒന്നിനെ മുന്തിരിത്തോട്ടമാണ് നിനക്ക് നല്ല ഭാവിയുണ്ട് കുഞ്ഞേ നിനക്ക് ശോഭനമായ ഭാവിയുണ്ട് യൗവനക്കാരാ നിനക്ക് ശോഭനമായ ഭാവിയുണ്ട് നിന്റെ ജീവിതം തകരാനുള്ളതല്ല മോളെ നിനക്ക് ശോഭനമായ ഭാവിയുണ്ട് നല്ല കാലങ്ങളുണ്ട് ശോഭന കാലങ്ങളുണ്ട് സന്തോഷ സമൃദ്ധിയായ കാലങ്ങളുണ്ട് കഴിഞ്ഞകാല തെറ്റുകളെല്ലാം മോചിക്കാൻ യേ സൂര്യപുണ്യാഹ രക്തമുണ്ട് കഴിഞ്ഞ കാല പാപങ്ങളെല്ലാം ക്ഷമിച്ചു തരും കഴിഞ്ഞ കാല പാപങ്ങൾ ഇതുവരെ വന്നുപോയ സകല പാപങ്ങളും യേശു ക്ഷമിച്ചു ഏതു കൊടും ക്രൂര യേശു കൈക്കൊള്ളും ദൈവ നീ ഭയപ്പെടേണ്ട നീ നിരാശപ്പെടേണ്ട നീ പിറകോട്ട് വരിയേണ്ട യേശു തന്നെ കാണുകയാണ് യേശുദിനെ മാടിമാടി വിളിക്കുകയാണ് യേശുദിനെ പേർചൊല്ലി വിളിക്കുകയാണ് സക്കായിയെ വേഗം ഇറങ്ങിയോ ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു നീ എന്നെ ഉപദ്രവിച്ചു ും വിചാരുന്നു സമുവേലേ സമൂഹ വിളിക്കുകയാണ് സീമോനെ സീമോനെ യേശു വിളിക്കുകയാണ് മോശയെ മോശു വിളിക്കുകയാണ് യേശു വിളിക്കുകയാണ് ഈ രാത്രി യേശുങ്ങൾ വിളിക്കുകയാണ് പേര് ചെല്ലുവിളിക്കുകയാണ് യേശുവിന് വാദത്തിലേക്ക് ഓടി വരുവീൻ കുരിശ്ശു ചൂടിലേക്ക് ഓടി യേശുവിനോട് വാക്ക് പറയും യേശുവിന്റെ സന്നിധിയിൽ വ്യക്തമായി തീരുമാനമെടുത്തവര് പാപത്തോട് എന്നേക്കും ആ യാത്ര പറയുന്നവര് യേശുവിന്റെ തിരു രക്തം എന്നെ കഴുകാൻ മതിയായതാണെന്ന് വിശ്വസിക്കുന്നവര് എന്റെ യേശുവിന്റെ തിരു എനിക്ക് വേണ്ടി കുരിശിന്തിയ തിരു രക്തം എന്റെ പാപ കറകളെ കഴുകാൻ മതിയായതാണെന്ന് വിശ്വസിക്കുന്നവര് ഇപ്പോൾ ഇപ്പോൾ യേശുവിടെ പറയു യേശുവേ ഇന്ന് ഞാൻ നിന്റെ വക യേശു ഞാൻ പറഞ്ഞത് യേശുവേശ ഇന്ന് മുതൽ ഞാൻ നിന്റെ വക യേശുവേ ഇന്ന് ഞാൻ നിന്റെ വകേശു ഇന്ന് മുതൽ ഞാൻ നിന്റെ വക അങ്ങനെ പറഞ്ഞവരുടെ കാര്യങ്ങളൊന്നും ഉയർത്താണ് ഹാലലൂയ ഹലൂയ Hallelujah Hallelujah Hallelujah Karangal veesikonda ningal sthudippin Hallelujah Hallelujah Hallelujah Hallelujah Hallelujah Hallelujah Hallelujah Hallelujah Hallelujah Hallelujah Hallelujah Hallelujah Hallelujah Hallelujah Hallelujah Hallelujah Hallelujah Karangal e thaaltheedi stotram സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ ജീവനുള്ള ദൈവമേ ഈ അത്ഭുത നിമിഷങ്ങൾക്കായി സ്ത്രോത്രം നാഥ ഞങ്ങളുടെ കൂടെയുള്ളതിനായി സ്തോത്രം തിരു സാന്നിധ്യത്താൽ ഞങ്ങളെ വശീകരിച്ചതിനായി സ്തോത്രം ക്രൂസിലെ സ്നേഹം ഞങ്ങളെ ആകർഷിച്ചതിനായി സ്ത്രോത്രം കുരിശിൽ ചൊരിഞ്ഞ തിരുരക്തം ഞങ്ങളെ സ്പർശിച്ചതിനായി സ്തോത്രം തിരി മുദ്ര ഞങ്ങളുടെ മേൽ പതിഞ്ഞതിനായി സ്ത്രോത്രം നാഥ അവിടുന്ന് നിന്റെ തിരി രക്തത്താൽ മക്കളെ അന്ത്യത്തോളം നിലനിർത്തണമേ അവിടുത്തെ രണ്ടാമത്തെ വരൂവരെയും നിലനിർത്തണമേ ആരെയും ശത്രു വാഞ്ചിക്കൊണ്ടുപോകാനിട വരാത് കാക്കണമേ തിരക്തത്തിൽ നിന്റെ മക്കളെ മറയ്ക്കണമേ ക്രമയിൽ നിന്റെ മക്കളെ പൊതിയണമേ അപ്പോൾ അതിന്റെ രണ്ടാമത്തെ വരവു വേണ്ടി ഞങ്ങൾ ഒരുക്കണമേ വിശുദ്ധീകരിക്കണമേ യേശുക്രിസ്തുവിന്റെ ജയകരമായ നാമത്തിൽ തന്നെ ആണോ